ശാത്തപാവനമചിന്യൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ന്തിലം മഹുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വരഹം ുരുസക്ഷാത് പരം ബ്രംഹ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത്വ്യാപ്തേഹിമൂർത്തമധ്യം നീ കരചരണ നമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണത്തി പുരുഷോ നസം നീക്കം നൈവാരം നമരണം നാസ്തി പുണ്യം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമു സാശിവസമാരംഭാര്യമധ്യമാ അസ്മദാര്യപര്യ വേ ഗുരുപരംപരാ മൗനവ്യഖ്യ പ്രകടിത പരബ്രഹ്മത്തും യുവാന വർഷിട്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ ആചാര്യേന്ദ്രം കരകളിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീടേ വേദന്ഭാസകാദാത്തനഗേന്ദ്രസപവേ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണ ഗീരം ചിന്വിഹീനം ഹൃദി േഹം ൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധി തോഹം തദ്ധാത്മസദ്ഭാവത കോഹം ഭാവയു കൂത വരധിയാത്മനിഷാത്മന സോഹം സ്ഫൂർത്തിത്തയാ അരുണാ ചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണുധ്ധേ കബളിദന വിശ്വപിരണവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവി ത്യ്യരുണാചലസൂസ് പ്രലീനമേതൃഹിത്മതയാ നൃത്യ ഭോ വദി ഹൃദയം നമ അഹമിതി കൂത ആയാതീന്ഷ്യവിഷ്ടയാമലഹിയാ അവഗമ്യ സ്വമ്യരുണാചലത്യവാബൌ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്തസ്വാൻ ധ്യയൻ പശ്യത്തി അരുണാചലവി മഹീയം തേ ്യർമനസാ പശ്യൻസാതിരയാ സതതും ഭജതേ അനന്യീ സജയത്രുണാ ചല ത്യി സുഖേ മഗ്നഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിന്വതജതാവ പവനച്ചലന രുധാത്മനിഷോണ പ്രഭം സോമകലാവതം സാണിസ്ഫുരത് പഞ്ചശലേക്ഷു ചാണ പ്രിയം നൗമു പിനകാണേ കോണത്രയസ് കൂലൈവതം നഹം യോക്വിശ്യ മമവാചയിമാജീവയഖില ശക്തിധരസ്വധാ അനാശഹസ്ത്രവണത് പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യ ഓർ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി मध्ये മഹാഭാരത भगवद्गीते അദ്വൈതമൃതവർഷിണവധ്യംബനുസാവി ഭഗവത്ഗീതി നമോസ്തുവ്യസവിളബുദ്ധേ ഫുല്ലേത്രന യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നപാരിജാ തോത്രവേത്രൈകണമുദ്രാകൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാവോ ദോ ഗോപാളനന്ദനഹം പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹത് വസുദേവസുത കംസ ചാണൂരമർദ്ദന ീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കു ലംഘയേ ഗിരികൃപാഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസ്രമോപനിഷദൈർഗായം സാമഗാ ദ്ഗത മനസാ പശ്യം യോഗിനോ യം വിദുസുരാഗണ തസ്മൈ നമ പാർസാരഥി ശ്രാവി ശുഭം ഗിരം പാർയാർത്തിഹരോ ദഹമൂർത്തിന ഭഗവത് സ്മരണ ആണോ വിഷയം സ്മരണം തന്നെ ധ്യാനം ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അച്ഛനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദന ഈ ശ്രവണം ചെയ്യുന്നതൊക്കെ സ്മരണത്തിന് വേണ്ടിയാണല്ലോ ക്കും വേണം അന്തകാല നമുക്ക് വിഷയം ഇപ്പോ അന്തകാലാണ് വിശ്വാസ് നിശ്വാസേ നഹി വിശ്വാസ എന്ന് പറയും പുറത്തുപോയ പ്രാണൻ അകത്തേക്ക് തിരിച്ചു ആയു പുറത്തേക്ക് പോയത് അകത്തേക്ക് എടുക്കുവോന്ന് അതുകൊണ്ട് അന്തകാലത്തില് എന്ത് സ്മരിക്കുന്നുവോ ആ ഭാവം ഐക്യമാവം എന്നാണ് ഇന്നലെ നമ്മള് കണ്ട വിഷയം അന്തമേ സ്മരൻ മുക്ളേവരം യു പ്രയാതി സമദ്ഭാവം നത്ര സംശയ यम यम वापि स्मरन भावं വാസ്മരൻ कलेवरं തയജന്ളേവരം തം തമേവേതി सदा സദാ തദ്ധാവിത भाव <coughs> ജീവിതത്തില് മുഴുവനും അനു അനുസന്ധാനം ചെയ്യുന്ന ഏറ്റവും പ്രബലമായ വിഷയം അന്തകാലത്തിൽ വരും കാലം എന്ന് പറയുന്നത് തന്നെ എന്താ ടൈം ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുമോ സ്ഥൂലമായ കാല അളവ് പറയുകയാണെങ്കിൽ രാത്രി പകല് അതേ പറയാൻ പറ്റും സ്ഥൂലമായ കാല അളവ് നമുക്ക് സ്ഥൂലമായി ഒരു വാച്ച് ഇല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ മെക്കാനിസം ഇല്ലാതെ അറിയുന്ന സ്ഥൂലമായ കാല അളവാണ് രാത്രി പകല് അഹോരാത്ര വിദോജനാഹ എന്ന് ഭഗവാൻ ഇനി പറയാൻ പോളൂ ഈ അധ്യായത്തിൽ അഹോരാത്ര വിദോജനാഹ രാത്രിയും പകലും അറിയണവര് ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യൽ ടൈമാണ് ടൈം ബൈ വാച്ച് ടൈം ബൈ ക്ലോക്ക് ആ രാത്രിയും പകലും സൂര്യനെ വെച്ചുകൊണ്ടാണ് പിന്നെ ടൈം എന്ന് വെച്ചാൽ വേറെ എന്ത് ഡെഫനിഷൻ കൊടുക്കാൻ പറ്റും നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ നോക്കിക്കൊണ്ട് അല്ലെ എന്താ ടൈം കാലം എന്താണ് വാട്ട് ഈസ് ടൈം ഒറിജിനലായിട്ട് എന്തെങ്കിലും ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും ഒക്കെ പറയൂ നോക്കട്ടെ നിങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ വേണം ടൈം എന്ന് വെച്ചാൽ എന്താ ഞാൻ ഇങ്ങനെ ഇരുന്നു ടൈം എന്നെ എങ്ങനെ ബാധിക്കും അനങ്ങാതെ ഞാൻ ഇവിടെ ഇരുന്നു എന്ന് വെച്ചോളൂ ഒന്നും ചെയ്യുന്നില്ല ടൈം കാലം എന്ന് പറയുന്ന സാധനം എന്നെ എന്ത് ചെയ്യും അഥവാ കാലത്തിനെ ഇപ്പൊ കൊതുക് കടിച്ചാൽ എനിക്ക് അറിയും അല്ലേ ഇനി ഇരിക്കുമ്പോ കൊതുക് കടിച്ചാൽ എനിക്കറിയും അതുപോലെ കാലം കടിക്കുമോ സ്പേസില് ആ സ്പേസിൽ മാത്രം നിന്ന് ടൈമുണ്ടോ തോട്ടിലാണോ ടൈം സ്പേസിലാണോ അദ്ദേഹം പറയണത് രണ്ട് ചിത്രവൃത്തികൾക്ക് നടുവിലുള്ള സ്പേസ് ആണ് ടൈം എന്നാണ് എന്റെ ചോദ്യം ആ Space ആണോ space. Time between two Thoughts ആണോ <laughs> ണെങ്കിൽ സ്പേസ് സ്പേസ് ആയിക്കൂടെ പ്രകൃതി ഒന്നും അല്ല ഇവിടെ ഇപ്പോ നമുക്ക് നമ്മളാണോ വിഷയം പ്രകൃതിയൊന്നുമില്ല പ്രകൃതി ഇപ്പൊ വാക്കാണ് വെറും വാക്കാണ് നമുക്ക് നമ്മളിപ്പോ വളരെ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് വളരെ അടുത്ത് വന്നു ഒരേ ചോദ്യമാണ് സ്പേസ് ആണോ ടൈം തോട്ട്സ് ആണോ വളരെ എളുപ്പത്തിൽ അദ്ദേഹം അടുത്ത് കൊണ്ടുവന്ന് തന്നു സ്പേസ് ആണോ തോട്ടാണോന്ന ചോദിക്കണം നിങ്ങൾ പറഞ്ഞു തോട്ടാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് സ്പേസ് ആയിക്കൂടാ എന്നാണ് എന്റെ ചോദ്യം അത് വെച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഇങ്ങനെ ഉള്ളില് തൈരു കടഞ്ഞ് പാലില് ഒറയൊഴിച്ചിട്ട് ഇരിക്കണ പോലെ ഇരിക്കണം ഉള്ളിൽ തൈര് കൂടാനായിട്ട് വെറുതെ ബുദ്ധിയില് ചൊറിഞ്ഞിട്ട് കാര്യമില്ല ചിത്തവൃത്തികൾ ഉണ്ടാകുമ്പോഴേ ടൈമുള്ളൂ ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ തോട്ട്സ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ടൈം യു വിൽ നോട്ട് ബി കോൺഷ്യസ് ഓഫ് ടൈം അറ്റ് ഓൾ സുഷുപ്തിയില് ആർക്കെങ്കിലും ടൈം അറിയണ്ടോ സ്പേസിലാണ് ടൈം ഉള്ളതെങ്കിൽ സുഷുപ്തിയിൽ ടൈം അറിയണം അല്ലേ സുഷുപ്തിയില് ടൈം അറിയണില്ല ഇപ്പൊ കിടന്നതേ ഉള്ളൂ അപ്പോഴേക്കും സമയമായിരുന്നു ആനന്ദമായിട്ടിരിക്കുമ്പോൾ ടൈം അറിയില്ല ധാരാളം തോട്ട്സ് വരുമ്പോൾ കൂടുതൽ അറിയും ബോറടിക്കണോ ബോർ അടിക്കണു പറയുമ്പോ ധാരാളം തോട്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം വിരസമാവുമ്പോ ധാരാളം ചിത്തവൃത്തികൾ ഉണ്ട് എന്നാണ് അർത്ഥം ചിത്തവൃത്തികളാണ് ടൈമിനെ ഉണ്ടാക്കണത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഭൂതകാലം വർത്തമാന കാലം അന്ധകാലം എന്നിപ്പോ നമ്മളൊന്ന് പറഞ്ഞു അന്ധകാലം എപ്പോ വരും ഇപ്പഴാണ് അപ്പൊ കാലം ഒന്നേയുള്ളൂ അന്ധകാലം എന്ന എപ്പോഴോ ഒരു കാലത്തിനെ ഇമാജിൻ ചെയ്യാനല്ല കാലം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ ടൈം ടൈമിനെ അനുഭവ രൂപത്തിൽ ഇനിയിപ്പോ വരെന്ന് ചോദിക്കാം ഇപ്പൊ തോട്ട്സ് ആണ് ടൈം എന്ന് പറഞ്ഞു അല്ലേ എങ്ങനെയാണോ പറഞ്ഞത് നമ്മള്സ് ആൺ ശരി പാസ്റ്റ് എന്ന് പറയണത് പ്രസന്റ് എന്ന് പറയണത് ഫ്യൂച്ചർ എന്ന് പറയണത് ഭൂതകാലം വർത്തമാന കാലം ഭാവിക്കാലം ടൈം ഇനിയും നമ്മൾ നിരൂപണം ചെയ്തിട്ടില്ല തോട്ട്സ് ആണോ സ്പേസ് ആണോന്ന് ഇനിയും നിരൂപണം ചെയ്തിട്ടില്ല തോട്ട്സ് ആണെന്ന് ഒരു പക്ഷം പറഞ്ഞു സ്പേസ് ആണെന്ന് വേറെ ഒരു പക്ഷം പറഞ്ഞു ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ ഉം ഇന്നലെ അല്ലെ ഇന്നലെ എന്ന് വച്ചോളൂ ഇപ്പോ ഇന്നലെയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ പിന്നെ ഇന്നലെ എന്ന് പറയുന്നത് എന്താ കൊറേ കൊറേ തോട്ട് ഓർമ്മകൾ മാത്രമാണ് ഇന്നലെ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന ടോക്ക് ഇറ്റ്സ് ഓൺലി മെമ്മറി അല്ലേ സോ ഇന്നലെ എന്നുള്ള ആ ടൈമിന് സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു മാജിക് കൊണ്ട് അനുഭവിച്ചു എന്ന് വെച്ചോളൂ ഇപ്പോ അത് ഇന്നലെ ആവുമോ ഇപ്പോ ആവും അല്ലെ അപ്പൊ അതിന് ഇന്നലെ വയ്യ സോ ഇന്നലെ എന്ന് പറയണത് ഡെഡ് ടൈമാണ് The time which you can never experience is past. No? That's the same thoughts. Why? Why do you have to go? Why do you have to go? Why do you have to go? Why do you have to go? That's <laughs> the imaginary time. ഭാവനാത്മകമായ കാലമാണ് അനുഭവത്തിലില്ല പിന്നെ അനുഭവത്തിൽ എന്താ ഉള്ളത് ഇന്ന് രാവിലെ എന്തോ ഇല്ല ഇന്ന് രാത്രി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടില്ല ഇപ്പോ മാത്രമേ അനുഭവത്തിലുള്ളൂ അല്ലേ ഇപ്പൊ ടൈം ആസ് പ്രസന്റ് അലോൺ ഇസ് റിയൽ എക്സ്പീരിയൻസ് അനുഭവത്തില് ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ ഈ ഇപ്പോ എന്നുള്ള ഈ അനുഭവം ഉണ്ടല്ലോ അത് തോട്ടാണോ സ്പേസ് ആണോ ഇപ്പോ എന്ന് പറയുന്ന അനുഭവം വെറും ചിത്തവൃത്തിയാണോ അല്ല പ്രബലമായ അനുഭവമാണോ അനുഭവമാണ് അപ്പോ ടൈം സ്പേസ് ആണോ തോട്ടാണോ മുഴുവൻ അറിഞ്ഞിങ്ങോട്ട് വന്നു അല്ലേ അപ്പൊ ടൈം ഈസ് നോട്ട് തോട്ട് ടൈം ഈസ് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് സോ ടൈം ആസ് നൗ അല്ലേ ടൈം എന്ന് പറയുന്നത് ഇപ്പോ എന്ന് പറയണത് ഞാനാണ് എന്റെ ഇരുപ്പാണ് ഉണർവാണ് അവബോധമാണ് ഇനിയിപ്പോൾ ആ അവബോധത്തില് പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല പ്രതിബോധവിദിത്തം മതം എന്നാണ് ഉപനിഷത്ത് പറയണത് ബോധം ബോധം പ്രതിവിദിത്തം മുമെന്റ് ബൈ എക്സ്പീരിയൻസ് അവയർനെസ് എവറി മൊമെന്റ് അതിൽ തോട്ട്സ് വരുമ്പോ പാസ്റ്റും ഫ്യൂച്ചർ ഉണ്ടാവും ചിത്തവൃത്തികളില്ലാത്ത അനുഭവം വർത്തമാനകാലാണ് ആ വർത്തമാന കാലത്തിന് ടൈം എന്ന് പറയാവോ അതിനാദിയില്ല അന്തമില്ല നെക്സ്റ്റ് മൊമെന്റ് ഇല്ല അതിനെ അടുത്ത ക്ഷണത്തിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല എപ്പോഴും ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അതിന് ചിത്തവൃത്തി വരുമ്പോ അത് പാസ്റ്റായി ഭൂതകാലമായി എപ്പോഴും ഉള്ളതായ വസ്തു അത് ഭഗവത് സ്വരൂപമാണ് കാല കലയതാം അഹം എന്ന് ഭഗവാൻ പത്താമത്തെ അധ്യായത്തിൽ പറയാമോ ഞാൻ കാലമാണ് ഞാൻ ടൈമാണ് ഞാൻ കാലമാണ് ഇപ്പോ ഇവിടെ ഭഗവാൻ ഉണ്ട് നമ്മളിപ്പോ കണ്ടത് ഭഗവത് സ്വരൂപത്തിനെയാണ് ടൈമിനെയല്ല ആ ഭഗവത് സ്വരൂപത്തിൽ തോട്ട്സ് വരുമ്പോഴാണ് സെക്കൻഡ് മിനിറ്റ് മണിക്കൂറ് ദിവസം രാവ് പകല് മാസം വർഷം ഒക്കെ ഉണ്ടാ അവിടത്തെ െ അറിയാമെങ്കിൽ ഇപ്പൊ പറഞ്ഞ രീതിയിൽ കാലത്തിനെ അറിയാമെങ്കിൽ കാലത്തിന്റെ തന്നെ സ്വരൂപത്തിനെ ഭഗവത് സ്വരൂപം അറിയാമെങ്കിൽ മനസ്സിലായോ ഭഗവാൻ വെളിയിൽ ഒരു വസ്തുവല്ല ഭഗവാൻ ഒരു ചിത്തവൃത്തിയല്ല ഭഗവാൻ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ സ്മരണന്ന് പറഞ്ഞല്ലോ അപ്പൊ ഭഗവാൻ ഒരു ചിത്തവൃത്തിജന്യസ്മൃതിയല്ല ചിത്തവൃത്തിജന്യസ്മൃതിയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ചിത്തവൃത്തിക്ക് ഒരു ചിത്തവൃത്തിക്ക് നടുപ്പില് ഭഗവാൻ ഉണ്ടാവില്ല കുഴപ്പം മനസ്സിലാവണ്ടോ ചിത്തവൃത്തിയാണ് നമ്മളുടെ ഭഗവാനെങ്കിൽ ഇപ്പൊ രാമ രാമ രാമ രാമ ആ രാമ എന്നുള്ള അക്ഷരമാണ് ഭഗവാനെങ്കിൽ ഒരു രാമാവിനും മറ്റൊരു രാമാവിനും നടുവിൽ ഭഗവാനില്ല ഒരു ക്ഷണം മതി മരണത്തിന് ആ ചിത്തവൃത്തി എന്തോ വരട്ടെ ഈ ചിത്തവരുത്തി ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഇടം ആ ഇടമാണ് നമ്മളിപ്പോ പറഞ്ഞത് സ്പേസ് എന്നും ഉണർവെന്നും ആത്മാ കാലത്തിന്റെ ഉണ്മയായ സ്വരൂപമെന്നും ഒക്കെ ആ കാലത്തിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞവൻ എങ്ങനെ അറിഞ്ഞു അത് നാരായണ സ്വരൂപം എന്നറിഞ്ഞു അതിൽ ചിത്തവൃത്തികൾ വരുമ്പോൾ നാരായണനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചിത്തവൃത്തി ആകാശത്തിൽ മേഘങ്ങൾ വരുമ്പോ ആകാശത്തിനെ മറയ്ക്കുന്ന പോലെ വാസ്തവത്തിൽ ആകാശത്തിനെ മേഘത്തിനും മറയ്ക്കാൻ പറ്റുമോ മേഘം നിൽക്കുന്നത് ആകാശത്തിലാണ് മേഘത്തിന്റെ ഉള്ളിൽ മുഴുവൻ ആകാശം നിറഞ്ഞു നിൽക്കണു അതുപോലെ ഉള്ളിൽ എന്തൊക്കെ തോട്ട്സ് വന്നാലും ആ തോട്ട്സിന്റെ ഉള്ളിലൊക്കെ ഉള്ള നിറഞ്ഞു നിൽക്കുന്നത് ോധമാണ് കടലിന്റെ ഉള്ളിൽ വരുന്ന കുമിള പോലെ ഈ ഉണർവിലെ അവബോധത്തില് ചിത്തവരുത്തികൾ ഉദിക്കുന്നു നിക്കുന്നു അസ്തമിക്കുന്നു എന്തൊക്കെ തന്നെ ഉദിക്കട്ടെ നിക്കട്ടെ അസ്തമിക്കട്ടെ അവിടെ ഒന്നും കൂടുന്നില്ല കുറയുന്നില്ല ആ ഇരുപ്പ് ആ ഉണർവ് ആ അവബോധത്തിന് ആ കാലത്തിന്റെ വാസ്തവമായ സ്വരൂപത്തിന് സംവിത്തിനെ കൈമിന് ശാസ്ത്രം ഒരു ഡെഫനേഷൻ കൊടുക്കുന്നത് ഖണ്ഡസംവിത്ത് എന്നാണ് സംവിത്ത് ഖണ്ഡിക്കപ്പെടുമ്പോഴാണ് കാല ഉണ്ടാവണതെന്ന് ഒരു വ്യാഖ്യാനുണ്ട് സംവിത്ത് എന്നുവെച്ചാൽ ബോധം ബോധത്തിൽ തോട്ട്സ് വരുമ്പോ ഈ പറഞ്ഞ രീതിയിൽ ഖണ്ഡിക്കപ്പെടുന്നു വാസ്തവത്ത് ഖണ്ഡിക്കപ്പെടുന്നു ഒന്നുമില്ല സംവിത്തിനെങ്ങനെ ഖണ്ഡിക്കാൻ പറ്റും എങ്കിലും ഖണ്ഡിച്ച പോലെ ഒരു പ്രതീതി ഉണ്ടാക്കണം അത് ഖണ്ഡിക്കപ്പെടുന്നില്ലെന്നും സംവിത്താണ് എപ്പോഴും ഉള്ളതെന്നും അറിഞ്ഞു കഴിഞ്ഞവന് കാലം തന്നെ നാരായണ സ്വരൂപമായവന് സദാസ്മരണാണ് ഭഗവാനെ വിട്ട് നമ്മൾ പെരിയണില്ല നമ്മളെ വിട്ട് ഭഗവാൻ പെരീണില്ല ഭഗവാനിലാണ് ഞാനിരിക്കണത് എന്റെ മനസ് ഉദിക്കുന്നതും നിൽക്കുന്നതും അസ്തമിക്കുന്നതും ഭഗവാനിലാണ് തോട്ട്സ് ഒക്കെ തന്നെ എന്ത് തോട്ട് വേണമെങ്കിലും അവട്ടെ എന്ത് ചിത്തവൃത്തി വേണമെങ്കിലും ആവട്ടെ ആ ചിത്തവൃത്തി എവിടെ കടലിൽ നിന്ന് കുമിള പൊന്തുന്നു പോലെ പൊന്തുന്നു അസ്തംഭിക്കുന്നു ഉപനിഷത്ത് തന്നെ പറയണത് അഗ്നിയിൽ സ്ഫുലിംഗം പോലെ നിന്ന് യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശപ്രഭവന് തേ സ്വരൂപാഹ ഭാവാഹ പ്രജായ നല്ലവണ്ണം ജ്വലിപ്പിച്ച അഗ്നികുണ്ടത്തില് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ അന്തര്യാമിയിൽ നിന്നും അനേക ഭാവങ്ങൾ ഉദിക്കുകയും ആശ്രമിക്കുകയും ചെയ്യുന്നു ആ അന്തര്യാമിയെ ആത്മാവിനെ നിത്യനിരന്തരമുള്ള വസ്തുവായിട്ട് അഴിവില്ലാത്ത വസ്തുവായിട്ട് ഉണർന്നു കഴിഞ്ഞവന് കേവലം ഇരിപ്പ് മാത്രം ഞാൻ ഉണ്ട് ആ ഉണ്ട് എന്നുള്ളത് അതിൽ ഞാൻ പോലും ഉദിച്ചു നിന്ന് അസ്തമിക്കുന്നു ഉണ്ട് അല്ലേ എപ്പോഴും ഉള്ളത് ആ ഉണ്ട് ഉണ്മയാണ് സുഷുപ്തിയിൽ ഉണ്മ ഇപ്പൊ ആ ഉണ്മ നമ്മളുടെ എക്സിസ്റ്റൻസ് അത് ഭഗവത് സ്വരൂപമാണ് ആ ഇരുപ്പ് തന്നെ ഭഗവത് സ്വരൂപമാണ് ആ ഇരുപ്പിനെ ശ്രദ്ധിക്കാനാണ് ഈ ശ്രവണം മുഴുവനും കേട്ടുകൊണ്ടേയിരിക്കുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ ആ കേവലമായ ഇരുപ്പ് അവബോധം ആ തിരിഞ്ഞാൽ ആ ക്ഷണം മുതൽക്ക് മഹാലാഭം നിജലാഭതുഷ്ട വലിയ ലാഭമാണ് നമ്മളിൽ തന്നെ സമുദ്രമാണ് കടലാണ് കുമിളയല്ല അഖണ്ഡമായ വസ്തു പൂർണ്ണ വസ്തു ആ പൂർണ്ണ വസ്തുവാണ് ഇവിടെ അനുസ്യൂതം അനുഭവ സ്വരൂപമായിട്ടിരിക്കുന്നത് കേവലാനുഭവ സ്വരൂപ എന്ന് അനുഭവത്തിനെ കാലമാക്കി ഇപ്പോഴത്തെ കാലം അന്ധകാലം വരാൻ പോണ കാലം ഒക്കെ മാറ്റണത്തെ ചിത്തവൃത്തികളാണ് കാലം ഒന്നേ ഉള്ളൂ ഇപ്പോ അപ്പൊ ഇപ്പോ ഇപ്പോ ഇപ്പോ ഇപ്പോന്ന് ശ്രദ്ധിച്ചല്ലേ എപ്പോഴും ആയി ഒരു കോടി രൂപ ഒരു പൈസ കൊണ്ട് അല്ലേ ഒരു കോടി രൂപ എന്ന് പറയണത് ഒരു പൈസ കൊണ്ട് ഒരു പൈസ ഒരു പൈസ ഒരു പൈസയായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഒരു കോടി രൂപ നിന്നോളും അതുപോലെ ഈ ക്ഷണം ഈ ക്ഷണം ഈ ക്ഷണം ഉണർവോടെ ഇരുന്നാൽ അന്ധകാലത്തിനെ കുറിച്ച് വിചാരിക്കേണ്ട ആവശ്യമല്ല കാലം നോക്കുക റിമെയിൻ ടൈംലെസ് അതാണ് എന്നെ എപ്പോഴും സ്മരിക്കൂ എന്നെ സ്മരിക്കൂന്ന് ഭഗവാൻ പറയാൻ ടൈംലെസ് ആയിട്ട് ഇരുന്നാൽ പാസ്റ്റും ഫ്യൂച്ചറും ഇല്ലാതിരിക്കുമെങ്കിൽ പ്രസന്റ് മൊമെന്റ് നിൽക്കുകയാണെങ്കിൽ പ്രസന്റ് മൂമെന്റ് ഒരു കാലമില്ല അത് ഭഗവത് സ്വരൂപമാണ് അതാണ് മാമേവസ്മരൻ എന്ന് പറഞ്ഞത് മാം എന്ന് പറയാൻ കാരണം ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ലാത്ത ബോധത്തിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണൻ എന്നെ പറയുന്നത് കൃഷ്ണന്റെ രൂപമാണെങ്കിലും എത്ര നേരം സ്മരിക്കാൻ പറ്റും അല്ലെ കുറച്ചു നേരം ആ ഭാവസ്ഥിതിയിലിരിക്കും പിന്നെ പോയി പോകും കപില ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞ് പിടിച്ചു നിർത്തിയാലും അവസാനം ആ രൂപം അറിഞ്ഞു പോകുന്നതാണ് മുക്താശ്രയം നിർവിഷയം വിരക്തം വിഷയമൊക്കെ പോയി രൂപമൊക്കെ മറിഞ്ഞു പോയി ആത്മാത്രം നിൽക്കും ആത്മാവ് മാത്രം പ്രകാശിച്ചു നിൽക്കും ആത്മാനമത്ര പുരുഷവും അവ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത അപ്പൊ ചിത്തവൃത്തികളൊക്കെ തന്നെ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴും ഒരു ഇടയില്ലാതെ അവിഛിന്നമായി തുടരുന്ന അക്ഷരപുരുഷൻ ആ അക്ഷരപുരുഷനെ ഉണർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ എന്തു പറയണോന്നുള്ളതിലല്ല ആരാ കേൾക്കണ വളരെ സിമ്പിളായ കാര്യം ആളുകൾ തലകുത്തി നിൽക്കുകയാണ് പിടികിട്ടാതെ അതാണ് ആശ്ചര്യം എന്തൊക്കെ മനസ്സിലാവണോ നമുക്ക് കമ്പ്യൂട്ടർ മനസ്സിലാവുന്നു ഇന്റർനെറ്റിൽ പോയി എന്തൊക്കെയോ തെരഞ്ഞു കണ്ടുപിടിക്കണു വളരെ സുലഭമായ സിംപിളായ വിഷയം നമ്മളുടെ തന്നെ ഇരുപ്പ് ഒരു ക്ഷണനേരം പോലും നമ്മളെ വിട്ട് പെരിയാതെ അനുഭവം ഞാൻ ഉണ്ട് ഇപ്പൊ ലൈറ്റ് അണച്ചാൽ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാലും ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ട് ഒരു വിളക്ക് വേണ്ട ആരും തൊട്ട് കാണിക്കണ്ട നമ്മൾ ചിന്തിച്ചറിയേണ്ട ആവശ്യമില്ല കണ്ണുകൊണ്ട് കാണണ്ട കേക്കണ്ട മണക്കണ്ട ഒന്നും വേണ്ട ഞാനുണ്ട് അനുഭവം ഉണ്ട് ആത്മാനുഭവം ആർക്കാ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് ശരി ഉണ്ടല്ലോ ശ്രദ്ധയെ അതിലേക്ക് തിരിക്കൂ എന്ന് പറഞ്ഞ അതെങ്ങനെയാ ചെയ്യണ്ടത് അതിനെ കുറിച്ച് ഒരു നൂറായിരം ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ആരാണ് ചോദിച്ച അതിനും കുറെ ഉത്തരം പാക്കറ്റിൽ വെച്ചിട്ടുണ്ട് അത് ഞാനാണ് ഇന്നവനാണ് അവനാണ് ഇവനാണ് ഈഗോ ആണ് ആത്മാവാണ് ബ്രഹ്മമാണ് ഒക്കെ പറയും ചോദ്യം ചോദിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചുള്ളിൽ എങ്ങനെ നിൽക്കുക ആരാണ് ഇതൊക്കെ അറിയണത് കേൾക്കണത് ശ്രോത്ര ശ്രോത്രം ഈ ചെവി മരിച്ചുപോയാ ഇല്ല ഇപ്പൊ ആരും കേൾക്കണു കണ്ണടച്ച് ഉള്ളിലേക്ക് അങ്ങടെ നിയച്ച എന്ന് പറയാണ് ഭാഗവതം ഉള്ളിലങ്ങടെ ഇടിച്ചു താഴ്ത്തൂന്നാണ് ശ്രദ്ധയെ ഹൃദയത്തിലങ്ങടെ ഇടിച്ചു താഴ്ത്തു എന്നാണ് നിയച്ച കർണധുനീംച്ച ചിത്തം ശ്രദ്ധിച്ചു നോക്കും ആരാണ് ഇതിനകത്തിരുന്ന് എന്താ മാജിക് ആണ് ഈ ശരീരത്തിന് ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാലും വ്യത്യാസം എന്താ എന്താണ് ഇപ്പോ ഉള്ള മാജിക് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ തന്നെ മരിച്ചാൽ ഇതേ ശരീരം ജഡമായിട്ട് ഇവിടെ കിടക്കണം ഇത് കേൾക്കില്ല പറയില്ല രുചിക്കില്ല നുള്ളിയ അറിയില്ല അല്ലെ ശ്മശാനത്ത് കൊണ്ടുപോയി തീ വെക്കുമ്പോ പതുക്കെ വെക്കുക ചുടണോന്നു അറിയോ നെഞ്ചിൽ തന്നെ വെക്കണോ തീ ഒന്നും അറിയില്ല വെറും കെട്ടയായിട്ട് പോയി ഇപ്പൊ എന്താ വ്യത്യാസം ഇപ്പോഴും അതേ ബോഡിയല്ലേ അതേ ശരീരം അല്ലേ ഇപ്പൊ എന്താ ഇതിനകത്ത് ഇരുന്ന് ആരാണ് ഈ അനുഭവിക്കണത് ഈ നിറഞ്ഞു നിൽക്കണല്ലേ ഒരു പ്രസൻസ് എന്താ നിങ്ങൾ അന്വേഷിക്കാൻ പോണത് നിറഞ്ഞു നിൽക്കണല്ലേ ഫുള്ളായിട്ട് തല മുതൽ കാല് വരെ എവിടെ തൊട്ടാലും കണ്ണടച്ചിരുന്നാലും അത് എന്തൊക്കെ ചിത്തവൃത്തിയോ എന്ത് വേണമെങ്കിലും വരട്ടെ ഇതൊക്കെ എവിടെ ഉണ്ടാവണു മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിത്തവൃത്തിയൊന്നും വരില്ലല്ലോ ഇപ്പൊ എവിടെ നിന്ന് ഈ ഉണർവ് ഈ അവബോധം അതിന്റെ സ്വരൂപം എന്താ ഈ യജ്ഞപുരുഷൻ ആരാണ് എന്ന് ഭഗവാൻ ഇപ്പൊ പറഞ്ഞു ദേഹത്തിലിരുന്ന് ഒരുപാട് ഈ വലിയൊരു യാഗം നടക്കുകയാണ് ഈ ശരീരത്തിലെ യാഗശാല എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഹോമം നടക്കുന്നുണ്ടാവും ഒരിടത്ത് ഭക്ഷണം കൊടുക്കണുണ്ടാവും ഒരിടത്ത് ആഹുതി അർപ്പിക്കുന്നുണ്ടാവും ഒരിടത്ത് മന്ത്രം വരേണ്ടാവും അതുപോലെ ഈ ശരീരത്തിനകത്ത് എന്തൊക്കെയോ നടക്കണു കണ്ണിലൂടെ വെളിച്ചം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചെവിയിലൂടെ ശബ്ദം പോയിക്കൊണ്ടിരിക്കുന്നു മൂക്കിലൂടെ മണം പോയിക്കൊണ്ടിരിക്കുന്നു നാവിലൂടെ രുചി വലിയ എന്താ കോടി കോടിക്കണക്കിന് ആക്ടിവിറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കോശത്തിന്റെ ഉള്ളിൽ ഓരോ ബ്രഹ്മാണ്ഡുണ്ട് ഇതിനൊക്കെ സെന്ററിൽ ഒരു ജ്യോതി ഉണ്ട് ആ ജ്യോതിയാണ് നമ്മള് അതാണ് ഇപ്പൊ അവിടെ ഇരുന്ന് എന്നെ നോക്കണത് അതാണ് അവിടെ ഇരുന്ന് ഞാൻ പറയണത് കേൾക്കണത് അല്ലാതെ ഇപ്പൊ ഈ അച്ഛനും ഭാഗവതം വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു മരിച്ചു എന്നിട്ട് ഇരുത്തിയിട്ട് സപ്താഹത്തിന് ഏഴു ദിവസം മൂന്നാമത്തെ ദിവസം ഇരിക്കാൻ വായിക്കാൻ പറ്റില്ല പിന്നെ നാറിയിട്ട് അല്ലെ കേൾക്കോ ഇപ്പോഴാണെങ്കിൽ കേൾക്കണു ധ്യാനിക്കണോ എന്തൊക്കെയോ ചെയ്യണു ആരാധനകത്ത് ഇപ്പൊ ഇരുന്ന് കേൾക്കണത് ആരാ ഈ ശരീരത്തിൽ നടക്കുന്ന യജ്ഞത്തിന് മുഴുവൻ പതിയായിട്ട് യജ്ഞപതി ആയിട്ട് ആരുണ്ടതിനകത്ത് കർത്താവായിട്ട് ആരുണ്ടതിനകത്ത് ഒരു ദിവസം കഴിയുമ്പഴേക്കും പിന്നെ നാറ്റടിച്ചുപോവും ചീഞ്ഞുപോവും ഇപ്പൊ ചീയാതെ നിക്കണത് എങ്ങനെയാപ്പോ വേദാന്തം എത്ര സിമ്പിളാ ഒരു ബുദ്ധിമുട്ടില്ല നമ്മള് കൂട്ടാക്കണില്ലേ യാത്രയേ ഉള്ളൂ നമുക്ക് വേണ്ട നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു എത്ര കാര്യം കിടക്കണു ലോകത്തിലെന്നാണ് ആളുകൾക്ക് ഇവിടെ അതിനൊന്നും സമയമില്ല ഉം എത്ര ശ്രോതവ്യാധീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശ അപശ്യതാ ആത്മതത്വം ഗൃഹേഷു അമേരിക്കയിൽ എന്ത് നടന്നു അറിയണം ആഫ്രിക്കയിൽ എന്ത് നടന്നു എന്നറിയണം ലോകം നന്നായോ എന്ന് അറിയണം കേടുവന്നോന്നറിയണം എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ തലയിടേണ്ട അപശ്യതാവും ആത്മതത്വം ഉള്ളിൽ ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ ശ്രദ്ധിക്കണില്ല പുറമേക്കുള്ള നടക്കുന്നത് മുഴുവൻ ഇയാൾ ശ്രദ്ധിക്കുകയാണ് കള്ളം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിനെ ശ്രദ്ധിക്കണില്ല നമുക്ക് ഒരു പ്രയോജനവും ഈ പുറത്തുള്ള കാര്യം അറിഞ്ഞിട്ട് അല്ലെ വെറും ബ്രെയിനിൽ കുറെ തോട്ട് ഡിസ്റ്റർബൻസ് അത്രയേ ഉള്ളൂ ഈ ഉള്ളിലുള്ള വസ്തുവിൽ ശ്രദ്ധ പോയാലോ പൂർണത്വം ശാന്തി എന്നാലും തലയിലെഴുത്ത് തലവിധി ബുദ്ധി പുറത്തേക്കാ പോവുക വേണ്ടാത്ത കാര്യത്തിലാ പോവുക മറ്റുള്ളവരുടെ കാര്യത്തിലേക്കാണോ പോവുക അങ്ങനെ പലതും ചിന്തിച്ച് ചിന്തിച്ച് ചിത്തവൃത്തികളെയൊക്കെ പിടിച്ചു പിടിച്ച് പിടിച്ച് നിർത്തി എട്ടുകാരി വലനൂക്കുന്ന പോലെ ഉള്ളിൽ നൂറ്റു നൂറ്റു നൂറ്റു വെച്ച് പാഴടഞ്ഞ വീട് എന്നൊക്കെ പറയില്ലേ നമ്മളുടെ ഉള്ളിലാണ് ഈ പാഴടഞ്ഞ വീട് ദുഃഖക്കൂടെ ചേർത്ത് ഒരാവശ്യമില്ലാതെ കുറെ ചിത്തവൃത്തികളൊക്കെ നനഞ്ഞു കൂട്ടി ചത്തുപോകുന്നു പാവം ശിവശവാൻ ഇവിടെ പറയണത് അന്ധകാലം എന്ന് പറയണത് ഇപ്പോഴാണ് ഓരോ ക്ഷണമും ചിത്തവൃത്തികളെ വന്ന് ചടഞ്ഞുകൂടാതെ ചിത്തവൃത്തികൾ വന്നു കൂടാതെ അവിടെ വലകെട്ടി ഉണ്ടാക്കാതെ ചിത് മാത്രമായി ചിത് സ്വരൂപം മാത്രമായി ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് പഴകും അങ്ങനെ പഴകിയാൽ അതാണ് അടുത്ത ശ്ലോകം നോക്കും അഭ്യാസയോഗയുക്തേന ചേതസാമിരുചിന്ത അഭ്യാസയോഗയുക്ത്യസയോഗം അഭ്യാസം കൊണ്ടാണ് ഹാബിറ്റ് ഉണ്ടാവണത് എന്തും വീണ്ടും വീണ്ടും ചെയ്താൽ അതിനൊരു സംസ്കാരം ഉണ്ടാവും വാസന ഉണ്ടാവും അടുത്ത ജന്മ ആവുമ്പോൾ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അതും കൊണ്ടുവരും അല്ലേ അഭ്യാസ യോഗയുക്തേന ചേതസാമിന അഭ്യാസം എന്ന് വെച്ചാൽ പൗന പുണ്യേന ആവർത്തനം ഒന്ന് വീണ്ടും വീണ്ടും വീണ്ടും ചെയ്യാം ഒരേ കാര്യം അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതൊരു സംസ്കാരമായിട്ട് മാറും പിന്നെ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മളെ ചെയ്യിപ്പിക്കും അതാണ് സംസ്കാരത്തിന്റെ ഫോഴ്സ് സംസ്കാരത്തിന് ഒരു ലൈഫ് വയ്ക്കും ഇപ്പൊ മൊബൈൽ ഫോൺ അതിന് ജീവനില്ല നിങ്ങൾ വിളിച്ച് വിളിച്ച് വിളിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അത് നിങ്ങളെ വിളിപ്പിക്കും ഒരുപാട് പേര് പറയേണ്ട കാര്യമാണ് അത് അത് കയ്യിൽ വെച്ചോണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ല കൊണ്ടുപോയി ദൂരെ കളയുക പക്ഷെ ആളുകൾക്ക് പേടിയായി ഇതില്ലാതെ എങ്ങനെ ജീവിക്കും അത് കാലമേ മറന്നുപോയി നമ്മള് എന്തിനും ഒരു ഹാബിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതുണ്ടാവും അപ്പൊ അഭ്യാസം ലൗകിക വിഷയങ്ങളൊക്കെ അഭ്യാസം കൊണ്ടാണ് ഉള്ളില് കയറിക്കൂടുന്നത് അധ്യാത്മവിഷയം അതേപോലെ തന്നെ അഭ്യാസം കൊണ്ട് വേണം നേടിയെടുക്കാൻ അഭ്യാസ യോഗം എന്ന് പറയാണ് ഈ ചിത്രം ആത്മാവനെ വിട്ട് പുറത്തു പോകുന്ന ഒരു അഭ്യാസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അന്യഗമനം മറ്റു വിഷയങ്ങളുമായിട്ട് സംഘണ്ടാക്ക പലതും പെറുക്കിക്കൊണ്ടുവരിക ഇങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോ അറിഞ്ഞോ ചോദിക്കും മനസ്സ് എന്ത് അല്ല ന്യൂസ് അറിഞ്ഞില്ലേപ്പോ എന്താ ഇന്ന ആള് മരിച്ചു ഓ ഇയാള് കല്യാണം കഴിച്ചു ഓ ഇങ്ങനെ ഓരോ ന്യൂസ് കൊണ്ടുവരും ഉള്ളിലെ മൈൻഡ് ഇങ്ങനെ പോസ്റ്റ്മാനാണ് ഉള്ളിലെ ശ്രദ്ധിച്ചാ കാണ പല വിഷയങ്ങളില് പോയി പോയി പിറക്കിക്കൊണ്ടുവരും നമ്മളെ കുറിച്ച് ചിന്തിച്ചു ഉള്ളിലെ നിരന്തരം ഡ്രാമ നടന്നുകൊണ്ടേരിക്കും മേ ഉള്ള ഈ സീരിയല് അവസാനിപ്പിക്കാവോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി നീ അവൻ ഇത് ഉള്ളിൽ വന്നുകൊണ്ടേരിക്കും അത് വരാതിരിക്കാൻ പരമം പുരുഷം ദിവ്യം പരമപുരുഷനായ ഭഗവാനെ ധ്യാനിച്ചു ധ്യാനിച്ച് പരമം പുരുഷം ദിവ്യം യാതി എന്നുവെച്ചാൽ ആ പരമപുരുഷനിൽ തന്നെ ലയിക്കുന്നു ആ പരമപുരുഷൻ എവിടെയുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ തന്നെ ഉണ്ട് എങ്ങനെ പ്രാപിക്കും അനുചിന്തയൻ ഹേ പാർത്ഥ അനുസ്യൂതം ധ്യാനം ചെയ്ത് ധ്യാനം ചെയ്ത് ആ പരമപുരുഷനെ സ്വയമേവ ആ പരമപുരുഷനായിട്ട് തന്നെ തീർന്നു നദിയൊക്കെ സമുദ്രത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ സമുദ്രമാവുന്ന പോലെ യഥാന്യന്തമാന സമുദ്രേ അസ്തം ഗിമൂപേ വിഹായ തദ്ദേശ അതേപോലെ ഇവിടെ ഭഗവാൻ പറയാണ പരമം പുരുഷം ദ ിന്തയൻ അനുസ്യൂതം ചിന്തയൻ എപ്പോഴും അനുസ്യൂതം ധ്യാനിക്കുന്നത് കൊണ്ട് പരമപുരുഷനെ അവൻ പ്രാപിക്കും എങ്ങനെ ചിന്തിക്കണം ഇന്നലെ പറഞ്ഞു വയ്യർപ്പിത മനോബുദ്ധി ലോകകാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷെ ശ്രദ്ധയെ ഇന്നലെ പ്രഹ്ലാദിനെക്കുറിച്ച് ഭാഗവതം പറയണത് അങ്ങനെയാണ് നടക്കുന്നു ഇരിക്കുന്നു വർത്തമാനം പറയണു കാര്യങ്ങളൊക്കെ ചെയ്യണു പക്ഷേ ഒരു ക്ഷണനേരം പോലും നാരായണനെ വിട്ട് പെരിഞ്ഞില്ല എന്നാണ് അതെങ്ങനെ സാധിക്കും നാരായണൻ ആത്മാവാണെന്ന് അറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ അല്ലാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പിരിയാതിരിക്കാൻ പറ്റുമോ മനസ്സിപ്പൊന്ന് ചിന്തിക്കും കുറച്ച് കഴിഞ്ഞാൽ വരെയും ചിന്തിക്കും പക്ഷേ ആത്മാവാണ് നാരായണൻ എന്നറിഞ്ഞു കഴിയുമ്പോൾ ഒരു ക്ഷണനേരത്തേക്ക് പോലും ാരായണനെ വിട്ട് ഒരു പിരിവില്ല നാരായണൻ തന്നെ സ്വസ്വരൂപമായിട്ട് തീർന്നിരിക്കുന്നു അപ്പോ പരമം പുരുഷം ദിവ്യം യാതി പ്രാപിക്കുന്നു എന്നുവെച്ചാലോ പരമപുരുഷൻ തന്നെ ഉള്ളു എന്നറിയുമ്പോ അനുചിന്തയൻ അതിനഭ്യാസം ചെയ്യാൻ എങ്ങനെ അഭ്യാസം ചെയ്യും അതാണ് ഇനി വരുന്ന ശ്ലോകം നോക്കൂ എങ്ങനെയാണ് ആ പരമപുരുഷനായ ഭഗവാനെ അനുസന്ധാനം ചെയ്യേണ്ടത് നമ്മളിപ്പോ ഭഗവാനെ പറഞ്ഞു നമ്മളിൽ ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഉള്ളൂ ത്രികാലത്തിലും മാറാതിരിക്കുന്നു ഭഗവാൻ ഇത് ഓർക്കുന്നത് അഭ്യാസം ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ഈ കേൾക്കണതിനെ മനനം ചെയ്യുന്നത് അഭ്യാസം നിധിധ്യാസനം ചെയ്യുന്നത് തന്നെ അഭ്യാസം പക്ഷേ മനനം നിധിധ്യാസനം ചെയ്യണമെങ്കിൽ അനുഭവ ലേശമില്ലാതെ സാധിക്കില്ല വെറുതെ കേട്ടിട്ട് ചിന്തിച്ചാൽ മനനോ നിതിധ്യാസനവും ആവില്ല കേൾക്കണു ഏതോ ഒരു ക്ഷണനേരത്തിലേക്ക് ഉള്ളിലെ ഒരു സ്ഫൂർത്തി ഉണ്ടായി പഴയ കാലത്തൊക്കെ നല്ല സമ്പ്രദായത്തില് വേദാന്ത അനുസന്ധാനം ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ പകല സമയത്തൊക്കെ ശാസ്ത്ര വിചാരമൊക്കെ ചെയ്ത് ഉച്ചക്ക് ശേഷം ആഹാരം കഴിക്കില്ല എന്നിട്ട് വൈകുന്നേരമായ ഗുരുശിഷ്യ സംവാദം മഹാവാക്യ വിചാരമൊക്കെ എന്നിട്ട് രാത്രി മുഴുവൻ അനുസന്ധാനമാണ് അല്ലെങ്കിൽ നേരം വിളിച്ചാവണതിന് മുമ്പായിട്ട് ഈ അനുസന്ധാനം ആ പ്രത്യപജ്ഞ ഉണ്ടാവണവേറെ തുടരണം എപ്പോഴെങ്കിലും ഒരു ക്ഷണത്തില് ചിത്തവൃത്തികൾ കൊണ്ട് സ്പർശിക്കപ്പെടാത്തതായ ആ ഉണർവ് അവബോധം ഏതൊന്നിലാണോ ഈ ചിത്തവൃത്തികളൊക്കെ ചലിക്കണത് ആ ഇരുപ്പ് അദൃക് സത്ത അധിഷ്ഠാനം അതിന്റെ മറയില്ലാത്ത ഒരു ദർശനം ഒരു ക്ഷണനേരത്തേക്കെങ്കിലും ഒരു ഗ്ലിംസ് കിട്ടണവരെ ഗുരുമുഖത്ത് നിന്നുള്ള ശ്രവണമാണ് ആ ഒരു ഗ്ലിംസ് ഉള്ളിൽ അല്പം വികല്പമില്ലാത്തതായ ആ വസ്തുസ്ഥിതി കണ്ടാല് അതില് ഇടതടവില്ലാതെ കുറച്ചുനേരമെങ്കിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി സമയമൊക്കെ എടുക്കണത് എപ്പോഴാ ഈ ശിഷ്യന് ശ്രവണം ചെയ്യുന്ന ആൾക്കുള്ളിൽ ആ സ്ഫൂർത്തി ഉണ്ടാവാന്ന് പറയാൻ വയ്യ അത് ഗുരുവിന്റെ കയ്യിലും ഇല്ല ശിഷ്യന്റെ കൈയ്യിലും ഇല്ല ഒരു സയൻസ് ഒന്നും അല്ലല്ലോ ഇങ്ങേതും കൂടുതൽ ചേർത്തിയാ വരും പറയാൻ പറ്റില്ല പ്രതിബന്ധമുണ്ടെങ്കിൽ എത്രഘട്ടാനും വരില്ല ആവർത്തിരസഹകൃത ഉപദേശാ അത് വീണ്ടും വീണ്ടും വീണ്ടും പറയണം ഈ അരണിയിട്ട് കടയുമ്പോ അഗ്നിഹോത്രത്തിന് അരണി കടയുമ്പോ മോളിലൊരു ഒരു കട്ട ചോട്ടലൊരു കട്ട വെച്ചിട്ട് ഒരു കൊച്ചു ആ ആണിയിലാണ് ഈ അരണിയുടെ കൊച്ചു കോല് അത് വെച്ച് ചോട്ടൽ വെച്ചിട്ട് അങ്ങോട്ട് കടയും എത്ര നേരം കടയണമെന്ന് വെച്ചിട്ടാ ചില ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കും അതിന് കാരണം പറയാൻ വയ്യ ചില ദിവസം ഒരുപാട് നേരം കടയണം കടഞ്ഞി കടഞ്ഞു കൈ കഴിക്കും എന്നിട്ടാണ് ആ സ്ഫുരിച്ച് ആ ഉണക്കലയിൽ പിടിക്കുക കറക്റ്റ് സമയത്ത് ആ ഉണ്ടാവണം ആ തീ സ്പാർക്ക് വരുന്ന സ്ഥലത്ത് ഉണക്ക പുല്ലുണ്ടാവണം അപ്പൊ പിടിച്ചോളൂ അതുപോലെ ഈ ശ്രവണമനനം ഇങ്ങനെ ഈ അട്രിഷൻ ചർണിങ് നടക്കും എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ആ ചിസ്ഫൂർത്തി ഉണ്ടാവുക ചിത്തവൃത്തികളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയണല്ലേ ആ സ്പേസിന്റെ ക്ലിയർ വിഷൻ അത് ഉണ്ടായാലോ പിന്നെ പിന്നെയാണ് മനനം അല്ലാതെ ഈ ചിന്തിക്കലൊന്നുമല്ല ആ ക്ലിയർ വിഷൻ ഉണ്ടായി ഉണ്ടായാൽ അതിന്റെ ടേസ്റ്റ് അറിയാം പിന്നെ ഇടവിടാതെ അതിനെ വീണ്ടും വീണ്ടും വീണ്ടും ചകഞ്ഞു നോക്കുക അത് കൂടുതൽ കൂടുതൽ ഈ ചിത്തവൃത്തികൾ അകന്നകന്നകന്നകന്നകന്നകന്ന് പോയി ആ ശുദ്ധമായ ചൈതന്യ അനുഭവം ഏർപ്പെടുന്നതാണ് നിതിധ്യാസനം അധികം ശ്രമമില്ല അധികം പ്രയത്നമില്ലാതെ ആ സമാധിസ്ഥിതി നിധിധ്യാസനം സഫലാവണത് ആ പ്രയത്നിക്കുന്നതും വിട്ടിട്ട് അച്ഛലമായ വസ്തുവിൽ ഇരിക്കുമ്പോ സമാധി സമാധി എന്ന് ഉത്ഥാനം ഉണ്ട് എഴുന്നേൽക്കാന്നൊരവസ്ഥയുണ്ട് ആ എഴുന്നേറ്റു കഴിഞ്ഞിട്ടും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ജ്ഞാനം ആ ജ്ഞാനമാണ് സഹജ സമാധി എന്ന് പറയുന്നത് അതാണ് ആ സമാധിയിൽ അനുഭവിച്ച ഏതൊരു സ്ഥിതി ഉണ്ടോ അതാണ് ഞാൻ അല്ലാതെ ഈ മനസ്സോ ബുദ്ധിയോ ഒന്നും സമാധിയിൽ ഏതൊരു വസ്തു ഉണ്ടായിരുന്നോ അതാണ് എന്റെ സ്വരൂപം അല്ലാതെ ഈ പേഴ്സണാലിറ്റി എന്റെ സ്വരൂപമല്ല എന്നുള്ള റെക്കഗ്നിഷൻ അതിനാണ് പ്രത്യവിജ്ഞാ അവസ്ഥയിലുണ്ടായിരുന്ന ആ അചലമായ ബോധം തത്രാത്മത്വ ദൃഢീകരണം എന്നാണ് എന്ന് വെച്ചാൽ അവിടെയാണ് തന്റെ സ്വത്വം അവിടെയാണ് തന്റെ ഐഡന്റിഫിക്കേഷൻ യു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് സ്റ്റേറ്റ് അതാണ് എന്റെ സ്വരൂപം അല്ലാതെ ഈ ചിത്തവൃത്തികളോ ബുദ്ധിയോ എന്റെ വ്യക്തിത്വമോ അല്ല എന്നറിഞ്ഞ് അതുമാത്രമായിട്ടിരിക്കുന്ന അതുമാത്രമായിടേണം നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലുള്ള വാക്കാണ് അതിലമർന്ന് അതുമാത്രമായിടേണം അതിലമർന്ന് അതായി ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് പഴകലം അതാണ് നിതിധ്യാസനം അത് ആ അനുഭവം നിർവികൽപ്പം അത് തന്നെയായി സതതമുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞല്ലോ കാലമില്ലാത്ത സ്ഥിതി ടൈമേ ഇല്ലാത്ത സ്ഥിതി എന്നുവെച്ചാൽ തോട്ട്സ് വന്നാലും പോയാലും ഒന്നും ആ നിരന്തരമുള്ള ഇരുപ്പ് അസ്തിത്വത്തിന്റെ അനുഭവം െ വിച്ഛുത്തിയില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കില് അത് പൂർണാനുഭവം അത് തന്നെ വൈകുണ്ഠം അത് കൈലാസം അത് തന്നെ ഭഗവത് സ്വരൂപം ഭഗവാന്റെ ഹൃദയം അത് തന്നെ നാരായണ അതിനെ അറിഞ്ഞു കഴിഞ്ഞവനോ അവൻ നാരായണം തന്നെ എപ്പോ അതാണ് തന്റെ സ്വരൂപം എന്ന് ആരറിഞ്ഞിരിക്കുന്നുവോ അവൻ നാരായണം തന്നെ ദേഹീവ ദൃശ്യത്തെ സൗ പരന്ദ്വസൗ കേവലോ ആചാര്യസ്വാമികൾ പറയണത് അറിഞ്ഞുകഴിഞ്ഞവൻ ദേഹമുള്ളവനെ പോലെ തോന്നിയാലും അവൻ ദേഹമില്ലാത്തവനാണ് അവൻ ശുദ്ധ ചൈതന്യസ്വരൂപനാണെന്നും അങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും ശ്രവണം മനനം നിധിധ്യാസനം ഇതാണ് അഭ്യാസം അഭ്യാസയോഗയുക്തേന് ആത്മാവിൽ നിന്നും വെളിവിഷയങ്ങളിലേക്ക് പോവാതെ ചിത്തത്തിനെ വീണ്ടും വീണ്ടും വീണ്ടും ഈ അനുഭവത്തിൽ അമർത്തിക്കൊണ്ടേയിരിക്കുക ഇതാണ് അഭ്യാസം ജീവിതം മുഴുവൻ അനുസ്യൂതം തുടരുകയാണ് അങ്ങനെ അണുസ്യൂതം തുടർന്ന് കഴിഞ്ഞാൽ അവസാന നദി അവിടെയും എവിടെയും തുള്ളിയും ചാടിയും കലങ്ങിയും തെളിഞ്ഞും കടലിൽ പോയി അങ്ങടെ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പണി കഴിഞ്ഞു അല്ലേ സമുദ്രത്തിന്റെ അടുത്തെത്തുമ്പോ തുള്ളി തുള്ളി തുള്ളി പോകുന്ന നദി എടുത്തു രുചിച്ചാൽ ഉപ്പുരുചി വരും എന്ന് വെച്ചാൽ സമുദ്രത്തിന് രുചി വരും സമുദ്രത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞ നദിയിലേക്ക് സമുദ്രം ഇങ്ങോട്ട് വന്ന് കലക്കും സമുദ്രമല്ല നദിയല്ല സമുദ്രമാണത് ആകാരം നദിയുടെയാണെങ്കിലും സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ രുചി നദിയുടെ ജലത്തിൽ കാണും അതുപോലെ പൂർണത്വത്തിനെ അറിഞ്ഞ പുരുഷന്റെ ഉള്ളില് അയാള് ലിമിറ്റഡായിട്ടിരിക്കുമ്പോഴും പൂർണത്വത്തിന്റെ രുചി അവിടെ ഉണ്ടാവും അയാളുടെ ലിമിറ്റഡ് പേഴ്സണാലിറ്റിയുടെ ഉള്ളില് ഇൻഫിനിറ്റി വിൽ ബി കെയർ അഭ്യാസയോഗയുക്ത ചേതസാ നാനിയഗാമിനാതിപാർഥാനുചിന്തയൻ ആ പരമപുരുഷനെ അവൻ അറിയുന്നു അനുഭവിക്കുന്നു തന്നില് തന്നെ ഇപ്പൊ തന്നെ ശരീരത്തിലിരിക്കുമ്പത്ത എങ്ങനെ അനുഭവിക്കുന്നു കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ സമനുസ്മരി ചിന്യൂപം ആദിത്യവർണ കവിണമുറ അച്ചലേന മനസാ ഭക്ത അടുത്ത ശ്ലോകം കൂടി ചേർത്തിയാണ് അന്വയിച്ചിരിക്കുന്നത് നോക്കൂ പ്രയാണകാല ഭക്തക്തോ യോഗ ബലവ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം ഇപ്പോ ക്രമമുക്തി എന്ന് പറഞ്ഞു ഈ അവസാന കാലത്തിലെ ആ പരമപുരുഷനെ എങ്ങനെ ധ്യാനിച്ചുകൊണ്ട് പോകണു ഭാഗവത മഹാഭാരതത്തിൽ നോക്കിയാലേ ഈ ഗീതയുടെ ശ്ലോകത്തിന് വ്യാഖ്യാനമൊക്കെ കാണാം ദ്രോണർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗംഭീരമായിട്ട് എന്ത് ചെയ്തിട്ടും ദ്രോണരെ കൊല്ലാൻ ഒരു വഴിയില്ല അപ്പൊ പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാലേ ദ്രോണര് ആയുധം ചോട്ടിൽ വെക്കുള്ളൂ ആയുധം ചോട്ടിൽ വെക്കാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് വേറെ ആരും പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല അതുകൊണ്ട് ധർമ്മപുത്രരെ വിളിച്ച് പറയിപ്പിച്ചു ധർമ്മപുത്രം നുണ പറയില്ല എന്നുള്ളത് ഒരു ആനയ്ക്ക് അശ്വത്ഥാമ എന്ന പേരുള്ള ഒരു ആന ആ ആനയെ കൊന്നു ഭീമൻ എന്നിട്ട് ധർമ്മപുത്ര ഭീമൻ ആദ്യം ചെയ്ത് പറഞ്ഞ് ദ്രോണരെടുത്ത് കഷ്ടം മകൻ മരിച്ചിട്ട് യുദ്ധം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു മരിക്കില്ലല്ലോ അശ്വത്ഥാമാ ഹതഹ ഞാനാണോ കൊന്നിട്ട് വരണത് പറഞ്ഞു അപ്പൊ ധർമ്മപുത്രരെ നോക്കിട്ട് ചോദിച്ചു യുധിഷ്ഠര ഭീമൻ പറയണത് സത്യമാണോ അതെ അശ്വത്ഥാമാ ഹതഹ കുഞ്ചര ആന കൊല്ലപ്പെട്ടു അതഹ അശ്വത്ഥാമ കൊല്ലപ്പെട്ടു കുഞ്ചരഹ എന്ന് ആ കുഞ്ചരഹ എന്ന് പറയുമ്പോഴേക്കും ഭീമൻ ഉറക്കെ ഗർജിച്ചു കേട്ടില്ല അത് എന്തൊക്കെ ഏർപ്പാടുകളാണ് ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത് കപടനാടക സൂത്രധാരി എന്നിട്ട് അത് കേട്ടോടനെ അശ്വത്ഥാമ മരിച്ചു എന്നറിഞ്ഞോടനെ ദ്രോണരെ ആയുധം ചുവട്ടൽ വെച്ചു പത്മാസനസ്ഥനായി ചമ്പ്രം അടിഞ്ഞിരുന്നു പത്മാസനത്തിലിരുന്നു ഭ്രൂമധ്യത്തിൽ പ്രാണനെ കൊണ്ടുവന്നു സമാധിസ്ഥിതനായി സമാധിസ്ഥിതനായിട്ടിരിക്കുന്ന ദ്രോണരുടെ തലയാണ് ദൃഷ്ടദ്യുമ വന്ന് വെട്ടണത് പക്ഷെ ഓൾറെഡി ദ്രോണര് ശരീരം വിട്ടുകഴിഞ്ഞു ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് ഭൂരിശ്രവസിനെ സാധ്യക്ക് കൊള്ളണുണ്ട് അവിടെ ഇതേപോലെ തന്നെയാണ് യുദ്ധം ചെയ്തുകൊണ്ടേ അദ്ദേഹം അവസാനം രണ്ട് കൈയും പോയി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നോക്കിയാൽ ആ രാജ ഋഷികളൊക്കെ തന്നെ ഈ ശക്തിയുള്ളവരായിരുന്നു എന്നാണ് ഈ പറയാൻ പോണേ ഈ ശ്ലോകത്തിലുള്ള കാര്യം അവർക്കൊക്കെ ശക്തി ഉണ്ടായിരുന്നു നാരായണ ഗുരുസ്വാമികളുടെ ഒരു ശിഷ്യൻ നാരായണ ഗുരുസ്വാമി ഉള്ളപ്പോൾ തന്നെ പോയൊരു സ്വാമിയുടെ കഥ ഇടവായിച്ചു ഇതേപോലെ പറഞ്ഞ ആ ദിവസം പറഞ്ഞ് ഈ ദിവസം ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോണു എന്ന് പറഞ്ഞ് പത്മാസനസ്ഥനായിട്ട് ഇരുന്ന് എല്ലാവരുടെ മുമ്പിലും ഭ്രൂമധ്യത്തിലേക്ക് പ്രാണനെ കൊണ്ടുവന്ന് ശരീര ഉപേക്ഷിച്ചു അങ്ങനെ ഒരു പഥമുണ്ട് അങ്ങനൊരു വഴിയുണ്ട് എന്നാണ് ഇതൊക്കെ പറഞ്ഞാൽ മതി നിങ്ങളിപ്പോ ശ്രമിക്കൊന്നും വേണ്ട അപ്പൊ എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണേ കവിം പുരാണം അനുശാസിതാദം ഭഗവാനെ കവി എന്ന് വിശേഷിപ്പിക്കാണ് നമ്മൾ വിചാരിക്കുന്നത് കവിത എഴുതുന്ന ആളുകളാണ് കവികൾ എന്നാണ് കവിത എഴുതുന്നതിനൊക്കെ കവിയാണിപ്പോ മലയാളത്തിൽ മൂന്ന് കവികൾ പറഞ്ഞാൽ ഉള്ളൂര് ആശാൻ വള്ളത്തോൾ അവരാണ് നമ്മൾ കവി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ അവരും പോയി ഇപ്പൊ ഗൂഡ്സ് വണ്ടി ഓടണതൊക്കെ കവിതയായിപ്പം ധനാലോകാര സാഹിത്യകാരന്മാര് വിചാരം ചെയ്തിട്ട് പറഞ്ഞു ആരാ കവി എന്ന് വെച്ചാൽ നാന്ന് ഋഷി കവി ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് ഭഗവത് ദർശനം മന്ത്രദർശനം സാധിച്ചവനാണ് അത്ര കവി കവിത എഴുതുന്ന ആളൊന്നുമല്ല ആദ്യത്തെ കവി ബ്രഹ്മാവണം ആദികവി അതാണ് ഭാഗവതം പറയുന്നത് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയത് സൂരയ ആദി കവിയായ ബ്രഹ്മാവൻ അദ്ദേഹത്തിന് കവിത്വം എവിടെ നിന്ന് സിദ്ധിച്ചു ഏത് ഈശ്വരനിൽ നിന്നും ബ്രഹ്മോപദേശം വാങ്ങിച്ചു ആ ബ്രഹ്മോപദേശം വാങ്ങിച്ചതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് കവിത്വം അതുകൊണ്ട് കവിത്വം എവിടെ നിൽക്കണു ഭഗവാനിൽ നിൽക്കണമെന്നാണ് കവി എന്ന് വെച്ചാൽ ക്രാന്തദർശി എന്നർത്ഥം ക്രാന്തദർശിത്വമാണ് കവിയുടെ ലക്ഷണം ക്രാന്തദർശി എന്ന് സൂക്ഷ്മമായി സ്ഥൂലമായി കാണാനൊക്കാത്ത വസ്തുവിനെ കാണുന്നവനാണ് കവി അതിപ്പോ നമ്മൾ പറയണത്തെ കവികൾക്ക് ഈ ചന്ദ്രനെ കാണുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെയോ കാണും അല്ലേ ഒരു കവിക്ക് ചന്ദ്രനെ കണ്ടോടനെ സ്ത്രീയുടെ മുഖം ഓർമ്മ വന്നു ഏതോ ഒരു സ്ത്രീയുടെ മുഖം പാട്ടുപാടി തമിഴിൽ ഒരുപാട് പാട്ടുണ്ട് കണ്ണദാസന്റെ അവരുടെയൊക്കെ വെണ്ണിലാവേ വെണ്ണിലാവ സിനിമയിലൊക്കെ വന്നിട്ട് ആദ്യം ആ വെണ്ണിലാവേന്ന് പാടിയത് രാമലിംഗസ്വാമികളാണ് അദ്ദേഹത്തിനെ മീറ്റേറ്റ് ചെയ്തിട്ട് പിന്നെയുള്ളവരൊക്കെ വെണ്ണിലാവേ വെണ്ണിലാവേ എന്ന് പാടി വെണ്ണിലാവേ വെണ്ണിലാവേ നാഥൻമുടി മേലിറുക്കും േ തന്നെയിലാവേ ഒരു തന്ത്രം നീ കൂറിടുവായ് വെണ്ണിലാവേ നാദൻ മുടിമേലിരുണ്ണിലാവേ അങ്ങ് നാനും വരവേണ്ടേ ീ പാട്ട് പിന്നീടൊക്കെ സിനിമയിൽ വേറെ ആരെയൊക്കെ കുറിച്ചൊക്കെ പാട്ടുപാടിയെത്തണം നാഥൻ മുടി മേലിരുക്കും വെണ്ണിലാവേ ശിവന്റെ ജഡയിലിരിക്കുന്ന ഹേ ചന്ദ്ര തന്നെ അറിന്ത് ഇൻപമൂറെ ഒരു തന്തിരം നീ കൂറിടുവായി ആത്മജ്ഞാനത്തിനൊരു വഴി പറഞ്ഞു തരുമെന്നേണം പൂർണ്ണ ആനന്ദം ആത്മജ്ഞാനം വേണം ആത്മജ്ഞാനത്തിനൊരു വഴി പറഞ്ഞു തരുമോ അമലിംഗ സ്വാമികൾ കവിയാണ് ആ കവിത്വം അദ്ദേഹത്തിന്റെ അല്ല ഭഗവാന്റെയാണ് പഴയ കാലത്ത് വളരെ പ്രസിദ്ധമായി ആ പാട്ട് സിനിമയിൽ വന്നു തോന്നുന്നു കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് തമിഴ് പാട്ട് മയിൽ കുയിലാച്ചു തടി എന്ന പാട്ട് തെരയുമായ ആർക്കും വാനത്തിന് മീത് മയിലാട കണ്ടേൽ കുയ കിളിയേന്ന് മാത്ര രാമലിംഗ സമികൾ അക്കച്ച അക്കച്ച പദം ഉപയോ പത്തിനാ ശരിയാളിയേന്ന് മാറ്റി വിട്ട അത് എങ്ക രാമലിംഗ സ്വാമികൾ കൊച്ചു അദ്ദേഹത്തിന്റെ ഏട്ടൻ പോയിട്ട് ഇതുപോലെ രാമായ ശിവപുരാണം കഥയൊക്കെ പറയും അപ്പൊ വലിയ ചെട്ടിയാർ പണക്കാർ ചെട്ടിയാരുടെ വീട്ടില് തിരുവാചകം പറയാനായിട്ട് വിളിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം പോയി പ്രഭാഷണം ചെയ്തു മൂന്നാമത്തെ ദിവസം നല്ല പനിച്ചു കിടന്നു പോവാൻ വയ്യ പനിച്ചുകിടന്നു പോവാൻ നിവൃത്തിയിലെ ആളുകളൊക്കെ വന്നിരിക്കണ്ടാവും കുറച്ചുപേരെ അപ്പോ ഏട്ടൻ പറഞ്ഞു രാമലിംഗം ചെറിയ കുട്ടിയാണ് ഈ കുട്ടിക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല ഒന്നുമില്ല ഒരു ചെറിയ ഒരു തോർത്തമുണ്ട് കൊടുത്ത് അവിടെ ഇവിടെ അമ്പലത്തിലോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും വേദാന്തത്തിലൊക്കെ പോയിരിക്കും അപ്പോ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച ഏട്ടൻ പറഞ്ഞു നീയേ പോയിട്ട് എന്തെങ്കിലും തിരുവാചകത്തിലോ ഒന്ന് രണ്ടു ശ്ലോകം ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു ഭക്തി എന്ന് പറഞ്ഞിട്ട് വരൂ ഏട്ടനെ വയ്യല്ലോ പനിയാണല്ലോ അതുകൊണ്ട് പോയി പോയതേ ഉള്ളൂ നേരം വിളിച്ചാകുമ്പോഴാണ് വന്നത് എന്തായോ ആവോ ഏട്ടനെന്ന് മനസ്സിലായില്ല അടുത്ത ദിവസം കഴിഞ്ഞപ്പോ ഏട്ടൻ പുറപ്പെട്ടപ്പോ ചെട്ടിയാറിന്റെ അവിടെ നിന്ന് ആളെ പറഞ്ഞയച്ചു രാമലിംഗം വന്നാ മതി അപ്പൊ ഏട്ടന് സംശയത് എന്താ അത് അന്ന് രാമലിംഗത്തിനെ പറഞ്ഞയച്ചിട്ട് പുറകെ പോവാണ് ഏട്ടൻ എന്താന്ന് നോക്കുമ്പോ വല്യ തിരക്കവിടെ ഏട്ടൻ പറയുമ്പോ ഏതോ ഒരു പത്ത് ആളുകൾ അവിടെ ഇരുന്ന് ഉറങ്ങുണ്ടാവും ഇപ്പൊ ഈ കുട്ടി ചെന്ന് പറയുമ്പോ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല അവിടെ അത്ര ആളുകള് ഇതോ മലവെള്ളം മടവെള്ളം തുറന്നു വിട്ട പോലെ അങ്ങനെ ഒഴുകാണ് ഏട്ടൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു നോക്കി ഇവനെ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു ഇത് എവിടുന്നു വന്നു ഒന്നും പഠിക്കാതെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കണ കുട്ടി ഇത് എവിടുന്നു വന്നു ഏട്ടൻ ഒന്നും പറഞ്ഞില്ലേ മിണ്ടാതെ വീട്ടിൽ പോയി ഏട്ടത്തിൻ്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ എന്തോ ഉണ്ട് നീ ചോദിക്കേ ഇതൊക്കെ എവിടുന്നു പഠിച്ചു ഏട്ടന് ഗൗരവം ചോദിച്ചറിയാ അപ്പൊ ഏട്ടത്തി അമ്മ അമ്മയുടെ സ്ഥാനത്താണ് പ്രിയമാണ് അപ്പോ ഏട്ടൻ ശാസിക്കുമ്പോഴൊക്കെ ഏട്ടത്തിയമ്മ നോക്കും അപ്പൊ രാവലിംഗം തിരിച്ചു വന്നു ഒന്നും പറഞ്ഞില്ലേ അവിടെ നടന്നതോ ഒന്നും പറഞ്ഞില്ലേ വന്ന് വീട്ടില് വന്നപ്പോ അകത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ് എന്താ പറ്റിയേന്ന് ചോദിച്ചു വാനത്തിൻമീത് മയിലാടക്കണ്ട മയിൽ പാടില്ലല്ലോ മയിലാടുന്നത് ആ ആനന്ദം ഉള്ളിൽ കണ്ടു എന്നാണ് ചിതാകാശത്തില് ആ ഭഗവാന്റെ തിരുനടനം ഹൃദയത്തിൽ കണ്ടു ഇത്ര ദിവസം അത് കണ്ടു അത്രേ ഉള്ളൂ ഇപ്പൊ മയിൽ കുയിലാച്ചുതടി ആ ഉള്ളിലുണ്ടായ ആനന്ദണ്ടല്ലോ ഇപ്പൊ കുയിലായി പാട്ടായിട്ട് പുറത്തു വന്നു എന്നാണ് ഇത്രയും ദിവസം അത് മയിലായിട്ട് ആടിക്കൊണ്ടിരുന്നു മയിൽ പാടിയാ ആരും കേക്കില്ല ഹാർട്ട് അറ്റാക്ക് വരും മയിൽ പാടിയാ കാണാനേ ഉള്ളൂ ഭംഗി ആ ശബ്ദം കേട്ടാൽ മയിൽ കുയിലാച്ചുതടി അത് കുയിലായിരുന്നു കോക്കിലമായിട്ട് തീർന്നു കവിത്വം ഭഗവത് അനുഭവത്ത്െന്ന് വരേണ്ടതാണ് ഭഗവാനു പേരാണ് കവി വാൽമീകി കവിയാണ് കാരണം വാൽമീകിക്ക് അറിയില്ല രാമായണം ഇവിടുന്നു വന്നു എന്നും വാൽമീകി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൃദവിക്ഷത അന്തരീക്ഷത്തിലുള്ള രാമായണ ശ്ലോകങ്ങള് ഒരു ടി വി ആകാശത്തിലുള്ളതൊക്കെ ആന്റണ വഴി പിടിച്ചെടുക്കപ്പെടുന്ന പോലെ വാൽമീകി പിടിച്ചെടുത്തു ഉള്ളൂ വാൽമീകി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് വാൽമീകിക്ക് ഒരു പിടിയുമില്ല ആ ശ്ലോകത്തിന്റെ ആവിർഭാവസ്ഥാനം വാൽമീകിക്ക് ഒരു പിടിയുമില്ല അതാണ് കവി മച്ഛന്താ ബ്രഹ്മൻ പ്രവൃത്തെയും സരസ്വതി ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ആ സരസ്വതി വന്നിരിക്കണതെന്ന് എഴുതിക്കൊള്ളൂ കുരുരാമകഥാ പുണ്യം ശ്ലോകാ മനോരമാ പാദബോ അക്ഷരസമ തന്ത്രീലയ സമന്വിത യാഷിർഭവതി യാ്രഗത ശൈരുത്തയാ ജുഷ്ട് ചിത്രം വിന്ദദേ വസുസാനോ ജുഷസ്വദ്രവിണോ നേധേ ബൃഹദ്വദേമ വി സുവീരാഹം ആ മേധാദേവി ഉള്ളിൽ സ്പർശിച്ചതോടുകൂടെ ബൃഹദ്വദേ ബ്രഹ്മത്തിനെ കുറിച്ച് ഞങ്ങൾ പറയണമെന്നാണ് കവിത്വക്കുള്ളിൽ വന്നു കവിം കവീനാം ഗണപതിക്ക് പേര് ഗണപതി വെച്ചാൽ ഗണാനാം പതിഹി ശിവനാണ് കവിം കവീനാം ഉപമശ്രവസ്തം അപ്പൊ കവി കവിത്വം എന്ന് പറയണത് വ്യക്തികളിലില്ല ഒറിജിനലായി കവികളെന്ന് നമ്മൾ ലോകത്തിൽ വിളിക്കുന്നവരാരും അവരുടെ പ്രയത്നം കൊണ്ടുണ്ടായവരല്ല ഈശ്വരൻ നിശ്ചയിച്ചയച്ചതാണ് ത്യാഗരാജസ്വാമികൾ ഒമ്പത് വയസ്സിൽ കീർത്തന എഴുതി കഴിഞ്ഞു പഠിക്കാൻ പറ്റുമോ കീർത്തന എഴുതുന്നത് പഠിക്കാൻ പറ്റുമോ ഒരാള് ഒരു സാധു മനുഷ്യൻ അയാള് പാടത്ത് പണിയൊക്കെ എടുത്ത് വിഷമിച്ച് വീട്ടില് വന്ന് ഇത്തിരി കഞ്ഞി കുടിക്കും ഭാര്യക്കാണെങ്കിലും അത്യാഗ്രഹം ഇയാള് ഇനിയും മേലെ മേലെ സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ടു ഈ ഭാര്യ ദിവസം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും പാവം രാത്രി വന്നാൽ ഇത്തിരി കഞ്ഞി കുടിച്ച് കിടന്നു എഴുതാനും വായിക്കാനൊന്നും അറിയില്ല ഇതിന്റെ ഇടയിൽ അയാളുടെ അടുത്ത വീട്ടിലെ ഒരാള് രാജാവിന്റെ സദസ്സിൽ പോയിട്ട് കവിത ചൊല്ലിയിട്ട് ഒരു സ്വർണമാല സമ്പാദിച്ചോണ്ടു അപ്പൊ ആ സ്ത്രീ മിണ്ടാണ്ടിരിക്കോ ഇവിടെ വന്നിട്ട് ഇവരെടുത്ത് വന്ന് ഭർത്താവിന് ഇത് ആ സ്വർണ്ണമാല കിട്ടിയെന്ന് ഈ സ്ത്രീക്ക് എനിക്ക് പിന്നെ പാവം ഇത് പാടത്ത് പണിയെടുത്തിട്ട് നടക്ക വയ്യാതെ ജീവൻ പാതി ജീവനോട് വീട്ടിൽ വന്ന് കയറിയപ്പോ പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഒരു കവിത എഴുതാൻ അറിയില്ല ആരായെന്ന് ചോദിച്ചു അദ്ദേഹം കവിത ഇനി കവിത എഴുതിയാലേ ഇനി ആഹാരമുള്ളൂയോ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ അമ്മ ഞാനിങ്ങനെ കവിത എഴുതും ആദ്യ പഠിക്കാം വന്നിട്ട് ഈ ഓരോ ദിവസം എഴുതി കൊടുത്ത് പാവം കൊളക്കരയിൽ പോയിട്ട് ഇരുന്നിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം അത്രേ എന്നാലേ വീട്ടിൽ കഞ്ഞി കിട്ടുള്ളൂ ഈ സാധു മനുഷ്യന് കുറെ ദിവസം ഇങ്ങനെ നന കിട്ടും അദ്ദേഹത്തിന് വരണില്ല ആ എഴുതി ഈ എഴുതി ഊ എഴുതുമ്പോഴേക്കും ആ മറന്നു പോകും വയസ്സായി കഴിഞ്ഞു ഇനിയിപ്പെന്ത് കവിത എഴുത്തണത് ഭാര്യ പറയണത് സഭയിൽ പോയിട്ട് പറഞ്ഞിട്ട് സ്വർണമാല വാങ്ങിച്ചോണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു പണ്ഡിതനാ വഴിക്ക് പോണം അയാള് ചോദിച്ചു നീ എന്താ ചെയ്യണേ ഈ വയസ്സുകാലത്ത് ചോദിച്ചു ഞാനേ അക്ഷരങ്ങൾ എഴുതി പഠിക്കുക ഈ വയസ്സിലോ അതെ എനിക്ക് കവിതയായി പഠിക്കണം എന്ന് പറയണു ഭാര്യ കവിത എഴുതി പഠിക്കണം ഡോ അക്ഷരങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും കവിത വരില്ല അതിനുള്ളിൽ നിന്നൊരു പ്രചോദനം വേണം അയാൾ എവിടെ കിട്ടും ഡോ അത് ഉള്ളിലുണ്ടാവുന്ന ഒരു ഒരു ഒരുമാതിരി ആസ്മരികമായ ഒരു തുടതുടുപ്പാണ് അയ്യോ അത് പറയണ്ട എന്റെ ഭാര്യയുടെ അടുത്ത് ആ വഴിക്ക് അതും പഠിക്കാൻ പറയുമോ അവിടെ ഒരു മാസ്മരികമായൊരു തൊടുതടിപ്പുള്ളിൽ ഉണ്ടാവണം എന്നു ഒരു സ്ഫുരിപ്പുള്ളിൽ ഉണ്ടാവണം പ്രചോദനം എന്നാലേ കവിത വരുള്ളൂ അത് എങ്ങനെ ഉണ്ടാവും അതൊരു കോരിത്തെ ഉണ്ടാവുന്നു ആ പാവം അത് ധരിച്ചു വെച്ചു ഈ കോരിത്തരിപ്പ് വന്നാ അപ്പ കവിത വരുമോ വന്നേക്കാം അങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ പാവം പോയിപ്പ ഒരു ദിവസം രാവിലെ നല്ല വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ വന്നു നല്ല തണുപ്പ് അറിയാതെ വെള്ളത്തിലേക്ക് അങ്ങട് ചാടിയപ്പോ കിട്ടാ വറച്ചു അപ്പൊ മൂപ്പര് തീരുമാനിച്ചു ഇത് തന്നെ ആ പറഞ്ഞൊട്ടുട്ട് കോരിത്തരും ഇപ്പൊ കവിത എഴുതിയാലേ ഉള്ളൂ എന്തിനെ കവിത എഴുതി നോക്കുമ്പോ ഒരു കാക്ക രാവിലെ എണീറ്റ് വെള്ളത്തില് വന്ന് ഇങ്ങനെ ഇരുന്ന് വെള്ളത്തില് കൊക്ക് മുക്കണു എടുക്കണം മുക്കണോ അല്ലയോ കരുമാണ്ടി നീ മുക്കുന്നു എടുക്കുന്നു മുക്കുന്നു എടുക്കുന്നു നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എനിക്കറിയാം വെറുതെ കാക്കയുടെ എടുത്ത് വർത്തമാനം പറഞ്ഞതാണ് പറഞ്ഞ ഉടനെ വാൽമീകിയെ പോലെ ഹൃദയ വീക്ഷത അദ്ദേഹത്തിന് തോന്നി ഇത് തന്നെ കവിത മൂപ്പര് അപ്പ പുറപ്പെട്ടു രാജാവിനടുത്ത് പോയി പറഞ്ഞു ഇപ്പൊ എനിക്ക് കവിത പറയണമെന്ന് പറഞ്ഞു അപ്പൊ കവിതാ സദസ്സ് നടക്കുകയാണ് അദ്ദേഹം നല്ല കിട്ടിയ ഒരു ഷാളും ഒക്കെ ഇട്ടിട്ട് ഭാര്യയുടെ അടുത്ത് പോയി പറഞ്ഞു ഭാര്യയ്ക്കൊന്നും അറിയില്ല അവര് പറഞ്ഞു ഓ ആയിരിക്കുന്നു വന്നിട്ട് ഒരു നല്ല ഷാളും ഒക്കെ എടുത്തിട്ടു കൊടുത്തു നേരെ പോയി പാവും സഭയിൽ ചെന്നിട്ട് എനിക്കും ഒരു കവിത ചൊല്ലാൻ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ അല്ലയോ കരുവാണ്ടി നീ മുക്കുന്നു തുടയ്ക്കുന്നു മുക്കുന്നു തുടയ്ക്കുന്നു നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എനിക്കറിയാം എല്ലാരും ചിരിച്ചു രാജാവ് വളരെ ഗൗരവമായിട്ടിരുന്നു ഇത്ര വലിയ സഭയിൽ ഇങ്ങനെ ഒരാൾ വന്ന് വിഡ്ഢിത്തം വിളമ്പില്ല അപ്പൊ ഇതിലെന്തോ ഉണ്ടാവണം രാജാവ് മന്ത്രിയോട് ചോദിച്ചു മന്ത്രി തനിക്ക് തോന്നണില്ലേ അയാളെ കണ്ടാൽ വിഡ്ഢിയാണെന്നു തോന്നണില്ല ഈ സഭയിൽ ധൈര്യമായിട്ട് വന്ന് ഇങ്ങനൊരു വിഡ്ഢിത്തം പറയുവോ എന്തെങ്കിലും ഉണ്ടാവണം രാജാവ് ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു മാസം ഇവിടെ താമസിക്കൂ നിങ്ങളുടെ കവിതയെ ഞാൻ ഇവിടെ എഴുതിയിടണ്ട് ഇതിന് ശരിയായ അർത്ഥം പറയുന്ന ആളെ ഞാൻ ആയിരം പൊന്നു കൊടുക്കും എന്ന് പറഞ്ഞു ബോർഡ് ഇട്ടു ആളുകളൊക്കെ പിന്നെ നാട് മുഴുവൻ ഈ കവിത കാണാതെ പഠിച്ചു അല്ലയോ കരുമാണ്ടി ഇങ്ങനത്തെ കവിതകളൊക്കെ ഇണ്ട് കേട്ടോ മലയാളത്തിൽ ഞാൻ നീ മുക്കുന്നു തുടക്കം നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കൊറേ കഴിഞ്ഞു ആളുകൾക്കൊന്നും മനസ്സിലായില്ല ഓരോരുത്തർ അതാണതാണെന്നൊക്കെ അർത്ഥമൊക്കെ പറഞ്ഞു വ്യാഖ്യാനങ്ങളായി പുസ്തകങ്ങളായി ഉപവ്യാഖ്യാനങ്ങളായി രാജാവ് ഈ കവിത ബൈഹാർട്ട് പഠിച്ചു അപ്പൊ ഒരു ദിവസം രാവിലെ രാജാവ് ഇങ്ങനെ ഇരുന്ന് ഈ കവിത ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജാവ് അപ്പഴേക്കും ബാർബർ വന്നു അയാൾ ക്ഷൗരം തുടങ്ങി പുറകെ നിന്നിട്ട് അപ്പൊ അയാൾ കത്തി വെള്ളത്തില് മുക്കി തുടച്ചു മുക്കി തുടച്ചു അപ്പൊ രാജാവ് ഇങ്ങനെ ഈ കവിത പറഞ്ഞു അല്ലയോ കരുമാണ്ടി നീ മുക്കുന്നു തുടയ്ക്കുന്നു മുക്കുന്നു തുടയ്ക്കണു നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എനിക്കറിയുന്നു അയ്യോ തിരുമേ ക്ഷമിക്കണം ഞാൻ വിചാരിച്ചിട്ടല്ല മന്ത്രി പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പുറപ്പെട്ടതാണ് തെറ്റ് ക്ഷമിക്കണം എന്നു കാലു രാജാവ് ചോദിച്ചു എന്തായ അല്ല മന്ത്രി പറഞ്ഞു രാവിലെ ക്ഷൗര്യം ചെയ്യുമ്പോ രാജാവിന്റെ കഴുത്തിൽ ആഞ്ഞൊന്ന് കീറി വിടാൻ രാജാവിനെ കൊല്ലാൻ എന്തോ ഒരു പരിപാടി ഇട്ടതാണ് ഞാനായിട്ട് ചെയ്തതല്ല ക്ഷമിക്കണം എന്ന് ഉടനെ രാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾ ക്രാന്തദർശിയാണ് സാധാരണ കവിയല്ല വരാൻ പോണ കാര്യം മുൻകൂട്ടി പറഞ്ഞതാണ് നിയതി കൊണ്ട് ചിലർക്ക് ഇങ്ങനൊക്കെ പിന്നെ സ്വർണം ഭാര്യക്ക് നെക്കലസ് അല്ല പണ്ടം കൊണ്ട് പൊതിഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു കവിതാ കഥ ഒരുപാട് ഗൗരവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കലേ അപ്പൊ ഇടയ്ക്ക് അത് ഒന്നിരിക്കട്ടെ കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ തമനുസ്മരേദ്യ അണോരണീയാംസം അനുസ്മരേദ്യ അണോരണീയാംസം അനുസ്മരേദ്യ അങ്ങനെയോ അപ്പം അണുവിനെക്കാളും അണുവായിട്ടുള്ള ഭഗവാൻ ആ കവിം കവി എന്ന് വെച്ച ക്രാന്തദർശ്യം എല്ലാവരുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കവി എന്ന് പേര് ഭഗവാൻ കവിത എഴുതുന്നത് കൊണ്ട് കവിതയല്ല കവിയല്ല അചിന്ത്യരചനാവൈഭവത്തോടു കൂടിയായി വിശ്വം മുഴുവൻ ഈശ്വരന്റെ കവിതയാണെന്ന് പറയാൻ നമുക്ക് പക്ഷെ ഇവിടെ കവി എന്ന് ഭഗവാനെ പറയാൻ കാരണം എല്ല ഉള്ളിലും അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ഉണർവ് സർവജ്ഞൻ എല്ലാത്തിനെയും അറിയുന്നവൻ സൂക്ഷ്മദൃക് ആ സൂക്ഷ്മതൃക്കായി എല്ലാത്തിനും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന അകക്കണ്ണായിട്ടിരിക്കുന്നത് കൊണ്ട് കവിം പുരാണം എന്നുവെച്ചാൽ പുരാതനം അധുനാഭിനുള്ളത് അനാദികാലമായി ഉള്ള പഴകാത്ത വസ്തു പൂർണ്ണ വസ്തു പൂർണ്ണം എന്നുള്ളത് പുരാതനം പുരാണം പൂരണം പുരാണം കവിം പുരാണം കവിയാണ് നമ്മളുടെ ഉള്ളിലുള്ള സാക്ഷി കവിയാണ് പുരാണ വസ്തുവാണ് എന്ന് വെച്ചാൽ ഈ ശരീരം ഈ ജന്മത്തിലേ അതിൻ്റെ കൂടെ കൂടിയിട്ടുള്ളൂ ഈ ശരീര മനസ്സോടു കൂടിയുള്ള ഉപാധി ആ ചൈതന്യത്തിന്റെ കൂടെ ഈ ജന്മത്തിലേ കൂടിയിട്ടുള്ളൂ പക്ഷെ ആ ചൈതന്യമോ എത്രയെത്ര എത്രയോ ശരീരങ്ങളെ കണ്ടിരിക്കണു പുരാതനമാണത് എന്ന് പറയണു നമ്മളുടെ ശരീരത്തിൽ ഒരു സെല്ലെടുത്തിട്ട് നോക്കിയാൽ ഹ്യൂമൻ ഹിസ്റ്ററി മുഴുവൻ തുറന്നെടുക്കാം എന്നാണ് അതിനുള്ള മെക്കാനിസം നമ്മളുടെ കയ്യിൽ ഇല്ല പക്ഷെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ആദ്യപ്പിറപ്പ് മുതലുള്ള കഥകളൊക്കെ എഴുതിത്തുടങ്ങേണ്ടി വരും അതൊക്കെ ആരാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണത് യോനിഹി സോർസ് ശാസ്ത്രയോനിഹി എല്ലാ ശാസ്ത്രങ്ങളിലെയും സോഴ്സ് ആണത് എല്ലാ ശാസ്ത്രവും ആ സോഴ്സ് എന്നാണല്ലോ വന്നിരിക്കണത് എല്ലാ കവിതകളും അവിടെ നിന്നാണ് വന്നിരിക്കണത് ഫിസിക്സ് കെമിസ്ട്രി ബയോട്ടണി സുവാളജി മാത്തമാറ്റിക്സ് സംസ്കൃതം എന്തൊക്കെ പറഞ്ഞോളൂ അസ്ട്രോണോമി എന്തൊക്കെ പറഞ്ഞോളൂ എല്ലാം അവിടെ നിന്നാണ് വന്നിരിക്കണത് എല്ലാവടണ്ട് യ സർവ്വജ്ഞ സർവവിദ് സോ കവിം പുരാണം അനുശാസിതാരം എല്ലാരെയും അനുശാസനം ചെയ്യുന്നവൻ എന്നുവച്ചാൽ ഉള്ളിലിരുന്ന് നിയന്ത്രണം ചെയ്യുന്നവൻ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂന്ന് ഓരോരുത്തരെയും നിയന്ത്രിച്ച് പറയുന്നവൻ എല്ലാവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളൊക്കെ കളിപ്പാട്ടങ്ങളാണ് അദ്ദേഹം ആടിപ്പിക്കുന്ന രീതിയിൽ ഈ കഭാവക്കൂത്തിൽ ആഡിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കൈ പോക്കാൻ പറഞ്ഞാൽ എങ്ങനെ പൊക്കും എങ്ങനെ പൊക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പൊക്കും നടക്കാൻ പറഞ്ഞാൽ നടക്കും ഇരിക്കാൻ പറഞ്ഞേ ഇരിക്കും എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങും ഒന്നും നമുക്ക് ചെയ്യാൻ വയ്യ സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയു എത്ര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ അതും അടക്കം ഡെസ്റ്റിനിയാണ് അതിനകത്താണ് അതിന അതടക്കം അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലാണ് അനുശാസിതാരം അനുശാസനം അവന്റെ അനുശാസനത്തിലാണല്ലോ പ്രപഞ്ചം നടക്കണത് വേദാനുശാസനം വേദം അവന്റെ അനുശാസനമാണ് ശാസ്ത്രം അവന്റെ അനുശാസനമാണ് ഉള്ളിലിരുന്ന് അനുശാസനം ചെയ്യുന്നത് അവനാണ് ഇങ്ങനെ നടക്കൂ അങ്ങനെ നടക്കൂ അങ്ങനെ നടന്നിട്ടില്ലെങ്കിലോ നല്ല അടി കിട്ടും അവന്റെ അടിയാണ് ദുഃഖം അവൻ ആലിംഗനം ചെയ്യുന്നതാണ് സുഖം അവൻ്റെ മടിയിൽ കിടത്തുന്നതാണ് ഉറക്കം അവൻ തന്നെയാണ് അവൾ അവൾ തന്നെയാണ് അവൻ അച്ഛനും അവനാണ് അമ്മയും അവനാണ് അവൻ കവിയാണ് പുരാതന വസ്തുവാണ് അനുശാസിതാവാണ് എല്ലാവരെയും അനുശാസനം ചെയ്യുന്നവനാണ് കൂടെ ഇരുന്ന് ശാസനം ചെയ്യുന്നതാണ് കൂടെ ഇരുന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് അതാണ് നമ്മള് കോൺഷ്യൻസ് പറഞ്ഞിട്ട് പറ്റണില്ല ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും അവൻ പറഞ്ഞാൽ കേൾക്കാതെ നമ്മള് ചിലപ്പോൾ ചെയ്യും അവൻ പറയാത്ത കുറവൊന്നുമില്ല ഉള്ളിലിരുന്ന് അനുശാസിത ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയണു ഇങ്ങനെയും ചെയ്ത് നോക്കട്ടെ എന്ന് പറയും എന്നിട്ട് ഉരുണ്ടു പേരണ്ട് വീഴും വീണ്ടു കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഗുരുവായൂരപ്പൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു എന്നല്ലോ നീ കേട്ടില്ല നീ തോന്നിയ പോലെ ചെയ്തു തോന്നിയ പോലെ പ്രവർത്തിച്ചു എന്നിട്ട് ഉരുണ്ടു വീണു എഴുന്നേക്ക് ഞാനിപ്പോഴും കൂടെയുണ്ടെന്നാണ് അനുശാസിതാരം അവനെ കാണാൻ വയ്യല്ലോ അണോഹം അണീയാണ് നീ ആറ്റം വരെ കണ്ടോളൂ ആട്ടത്തിന്റെ ഉള്ളിലൊക്കെ കണ്ടോളൂ അതിനേക്കാളും സൂക്ഷ്മം ഏയ് അതെങ്ങനെ അതിനേക്കാളും സൂക്ഷ്മമാവും ഏറ്റവും സൂക്ഷ്മതമമായ വസ്തു നീ കാണണ്ടോ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് മൈക്രോസ്കോപ്പാണ് ഏറ്റവും പവർഫുൾ മൈക്രോസ്കോപ്പ് എന്നെ ചെല്ലുവോ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് എന്തോ വെച്ചോളൂ സൂപ്പർ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കപ്പെടുന്ന ഒരു വസ്തുവിനെയും നോക്കണ ആള് അതിനേക്കാളും സൂക്ഷ്മമായത് കാണപ്പെടുന്നത് അല്ലേ ോക്കണ ആള് അതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ടാണല്ലോ കാണപ്പെടുന്നത് അതുകൊണ്ട് അണോ അണീയാൻ അണോരണു മഹതോ മഹീയാൻ ആത്മാ ജോ നിഹിതോ ഗുഹാം അണോ അണീയാംസം ണുവനെക്കാളും അണിയാംസനായിട്ടുള്ളവൻ സൂക്ഷ്മുള്ളവൻ തം അവനെ അനുസ്മരേ അവനെ അനുസ്മരേതെന്ന് വെച്ചാൽ അവനെ സ്വസ്വരൂപമായി ആത്മാവായി അറിഞ്ഞ് സദാ ധ്യാനിച്ചുകൊണ്ടിരിയ്ക്കണോ അതോടായില്ല സർവസ്യ ധാതാരം ധാതാന്ന് വെച്ചാൽ എല്ലാവർക്കും സപ്പോർട്ടായിട്ടുള്ളവൻ സർവസ്യ ധാതാരം രക്ഷകൻ പോഷകൻ ചിന്തകൾക്ക് അവനെ സ്പർശിക്കാൻ കഴിയില്ല അചിന്യൂപം ചിന്തകളൊക്കെ അതിൽ ഫോർമേഷൻ ആണ് ഉണ്ടായി നിന്ന് അടങ്ങുന്നു പക്ഷെ ചിന്തകൾ അതിനെ സ്പർശിക്കാതെ ഇരിക്കുന്നു അത് സദാ അസ്പർശം അസ്പൃഷ്ട വസ്തുവായിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ട് അചിന്തിരൂപം അങ്ങനെയാണെങ്കിൽ അതിപ്പോ കാണാൻ വയ്യല്ലോ ആദിത്യവർണം സൂര്യനെ പോലെ ജ്വലിക്കണമെന്നാണ് ആദിത്യവർണം സൂര്യനെ പോലെ ജ്വലിക്കാണ് നാല് രാത്രി സൂര്യനല്ലോ തമസപരസ്ഥാദ് ഒരു ഇരുട്ടിനും ഈ സൂര്യന്റെ അടുത്ത് വരാൻ ഇത് ഇരുട്ടും വെളിച്ചവും ഉള്ള വെളിച്ചമല്ല ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണോ ഇവിടെ അന്ധകാരമും പ്രകാശമും രണ്ടില്ല അന്ധകാരത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ഇരുട്ടിനെ എങ്ങനെ അറിഞ്ഞു ഇരുട്ടിനെ അറിയാൻ ഒരു വെളിച്ചമാണല്ലോ അല്ലേ നല്ല ഇരുട്ടു റൂമാണ് ആര് കണ്ടു ഞാൻ കണ്ടു എങ്ങനെ കണ്ടു ഇരുട്ട് ഒരു പദാർത്ഥാണെന്നാണ് തമസ ഒരു പദാർത്ഥാണോ അല്ലയോ കാർക്കികന്മാരുടെയൊക്കെ വിഷയമാണത് നൈയായികന്മാർക്ക് തമസ്സൊരു പദാർത്ഥാണോ ആ ഇരുട്ടിനെ ആരും അറിയണം ഇരുട്ടെന്ന് പറയുന്നത് എന്താ പ്രകാശ അഭാവമാത്രം തമഹ എന്നാണ് വ്യാഖ്യാനം പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് തമസ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തമസ്സല്ലേ എപ്പോഴും ഉള്ളത് പ്രകാശമല്ലേ വന്നിട്ട് പോണത് ശരി ആ തമസ്സിനെ ആരറിയണു തമസ് എവിടെയാണ് അറിയപ്പെടുന്നത് തമസ് എവിടെയാണ് പ്രകാശിക്കുന്നത് ആദിത്യവർണ്ണം തമസ പുരുഷം അനുസ്മരേത് സഹ ദിവ്യം തരം ഉപയതി അങ്ങനെ ഇത്രയും വിശേഷണങ്ങളുള്ള ആ ഭഗവാൻ ഈ വിശേഷണങ്ങൾ കൊടുത്ത് ധ്യാനിക്കണം കവിം പുരാണം അനുശാസിതം അണോരണീയാസ്മരിയ മചിന്യൂപം ആദിത്യവർണ്ണം തമസ പരസ്ത പ്രയാണകാലേ മനസാചലേന ഭക്തയുക്തോ യോഗബലേന എങ്ങനെ ധ്യാനിക്കണം പ്രയാണകാലേ ഇവിടുന്ന് പുറപ്പെടുമ്പോ മനസാചലേന ജീവിതം മുഴുവൻ അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് അതിന്റെ അഭ്യാസത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടായി അച്ചലമായ മനസ്സോടുകൂടെ ധ്യാനിക്കാൻ പഠിച്ചു അതോടുകൂടെ ഭക്തായുക്തോ ആ ഭക്തി പ്രബലമായിട്ട് തീർന്നു ഭാവബന്ധം പ്രബലമായിട്ട് തീർന്നു ഭാവം ലോകത്തിലേക്കൊന്നും പോണില്ല യോഗബലേനെ ചെയ്വ യോഗബലെന്ന് പ്രാണൻ മുഴുവൻ കൺസർവഡ് ആയി സമ്യക് പ്രൻ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി എന്ന ചക്രങ്ങളൊക്കെ കടന്ന് ആജ്ഞാചക്രത്തിൽ വന്ന് നിന്നു അവിടെ നിന്നാണ് യാത്ര എന്നുവച്ചാൽ ദിസ്ഇസ് ദ പ്ലേസ് വേർ യു ട്രാൻസന്റ് മൈൻഡ് ബ്രേക്ക് ത്രൂ ആണ് അവിടെ അവിടെ മനസ്സിനെ വിരിച്ചുകൊണ്ട് ഭിത്വാ കുലപഥം സൗന്ദരി ലഹരിയിലെ വാക്കാണ് ഭിത്വാ കുലപഥം ആ തിരിച്ചു വരാനുള്ള ആ റോഡ് തന്നെ ബ്ലോക്ക് ആക്കിട്ട് പോയി തിരിച്ചു വരാനുള്ള കോണി തന്നെ തല്ലി പൊളിച്ചിട്ട് പോയി അവിടുന്ന് അങ്ങടേക്ക് പോകുമ്പോ ഭിത്വാ കുലപഥം വിശുദ്ധി ചക്രവും കടന്നു മനോപി ഭ്രൂമധ്യേ സകലമപി ഭിത്വ കുലപഥം സഹസ്രാരേ ചക്രേ സഹസ്രാരേ പത്മേ വിഹരസി പത്യാ വിഹരസേ സഹസ്രാരം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനുള്ള നാടികളിലൂടെ ആനന്ദമാണെന്നാണ് അതൊക്കെ നമ്മ നാളെ കാണാം കുറച്ച് സസ്പെൻസ് വേണ്ട നാളൊക്കെ നമുക്ക് ഏറ്റവും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ മാർഗ് ഗൂഢമായ ഗുഹ്യമായ യോഗികൾ സഞ്ചാരം ചെയ്യുന്ന ഈ പാത്രം ആകാശത്തില് പരുന്ത് പറക്കുമ്പോ പരുന്തിന്റെ നഴല് ഭൂമിയിൽ കാണും അതുപോലെ ആത്മാനുഭവത്തിലിരിക്കുന്ന യോഗിയുടെ അനുഭവത്തിന്റെ നഴലാണ് ഈ ചക്രങ്ങളിലൊക്കെ ഉള്ള സഞ്ചാരം അതൊന്നും യോഗിക്ക് അറിയില്ല ബാക്കിയുള്ളവർക്കാണ് അതിലൊക്കെ വൈശിഷ്ട്യം ആ ചക്രങ്ങളിലൂടെ ഉള്ള സഞ്ചാരം ഇതൊക്കെ നിങ്ങള് നാളെ എക്സൈറ്റ്മെന്റോടുകൂടെ ഭക്തിയോടുകൂടെ ആനന്ദത്തോടുകൂടെ കേട്ടുകൊള്ളുക പക്ഷെ ഒരു ചക്രത്തിൽ നിന്ന് ഇനിയൊരു ചക്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാനൊന്നും പറ്റില്ല അത് ധർമ്മചരണം കൊണ്ട് അധ്യാത്മ സാധന കൊണ്ട് അനുഷ്ഠാനം കൊണ്ട് ശാന്തി കൊണ്ട് വിനയം കൊണ്ട് ദൈവീ സമ്പത്ത് കൊണ്ട് ഭഗവത് കൃപ കൊണ്ട് സഞ്ചാരം ചെയ്യേണ്ടതാണ് ആരെങ്കിലും ഒരാള് നിങ്ങൾ ഇത്ര രൂപ തരൂ നിങ്ങളെ ചക്രത്തിൽ നിന്ന് ചക്രത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചക്രം ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് അറിഞ്ഞോളണം അല്ലാതെ നിങ്ങൾ ചക്രത്തിൽ നിന്ന് ചക്രത്തിലേക്കൊന്നും പോകില്ല അയാൾക്ക് ധാരാളം ചക്രം കിട്ടാനും നിങ്ങളെ ചക്രത്തിൽ കയറ്റി ചോട്ടാനുമുള്ള പണിയാണ് അതുകൊണ്ട് എനിക്കൊന്നും നിന്നു കൊടുക്കരുത് ഒരേ മാർഗമേ ഉള്ളൂ അത് വളരെ സ്ലോ പ്രോസസ്സാണ് ആ സ്ലോ പ്രോസസ് മതി നമുക്ക് ധർമ്മമാണ് വഴി സഹജം പതുക്കെ ഗ്ലൈഡ് ചെയ്ത് ഉള്ളിലൂടെ പോകുന്ന വഴിയാണ് നമ്മൾക്ക് അറിയയില്ല നമ്മൾ എവിടെ ഇരിക്കണോ ഓരോരുത്തരും എവിടെയിരിക്കണോന്നുള്ളത് യോഗികൾക്ക് മഹാത്മാക്കളെ അറിയുള്ളൂ നമുക്കറിയില്ല നമ്മൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് കണ്ടിട്ട് ഇവിടെയാണ് അവിടെയാണെന്നൊക്കെ വിചാരിക്കും എന്നല്ലാതെ നമുക്കൊന്നും അറിയില്ല മഹാപുരുഷന്മാർക്കെ അറിയുള്ളൂ നമ്മൾ എവിടെയിരിക്കണു ഏത് മണ്ഡലത്തിലിരിക്കണു എന്നുള്ളതൊക്കെ നമുക്ക് അഭിമാനം കൊണ്ട് ഞാൻ സഹസ്രാരത്തിൽ പോയി നോക്കി നമ്മൾ പറയാമെന്നല്ലാതെ അതൊക്കെ ബ്ലഫൺ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഉം കാരണം ഈ വിശുദ്ധി ചക്രത്തിനപ്പുറം തന്നെ വ്യവഹാരമൊക്കെ ഏകദേശം നിന്നു പോകും വ്യവഹരിക്കാൻ പറ്റില്ല അപ്പോ അവ്യവഹാരിയമായ പഥമാണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങടേക്ക് അലൗകികമായ പഥമാണ് ഹൃദയസ്ഥാനത്തിൽ തന്നെ ശാസ്ത്രജ്ഞാനമൊക്കെ ഉണ്ടായിപ്പോകും അവിടുന്ന് അങ്ങനെയൊക്കെ അവ്യവഹാരികമായ പദ്ധമാണ് അതുകൊണ്ട് അതൊന്നും ലോകത്തിൽ കച്ചവട ചരക്കാക്കാനോ ബിസിനസ്സാക്കാനോ ഒന്നും പറ്റില്ല എങ്കിലും ഒരു ആനന്ദത്തിന് വേണ്ടി നമുക്കതൊക്കെ അറിയാം എന്നുവെച്ചാൽ എത്രയോ കാലമായി മഹായോഗികൾ നടന്നു ഒരു ഗൂഢമായ പടിക്കെട്ടുകളാണ് പടികൾ ആറും കടന്നാൽ ശിവനെ കാണാം എന്ന് പറഞ്ഞു പാടിയില്ലേ ആ സൂക്ഷ്മമായ പഥം ആ പഥത്തിന് നമ്മള് നാളെ കാണാം സത്യം ജ്ഞാനമനന്ത നിത്യമനാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിങ്കണലോലമ ഭുവമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം പരമാനന്ദ്രസ്മത്സിഹേ ശോദ താടനശൈശവസന്സം വ്യധവോകലോകോകർദ ലോക ലോകത്രയ പുരമൂല സ്തംഭം ോകാ ലോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാ ണമാതിമിം കാളമനാഭാസം കാളിന്ദീഗതാളിയശിരസി സുനൃത്യം മുഹുരത്യന്ത കാ കലിതശേഷം കലിദോഷഘ്നം കാള ത്രയഗതിഹേതു പ്രണമത ഗോവിന്ദ പരമാനന്ദം ഗോവിന്ദ ഭജ ഗോവിന്ദ പരമാനന്ദം എമാത്മാവസി മേവ തോന്നാച്യം മമക യഥാഷ്ടം തഥൈ ത്മനം ഭ